ർക്കും എൻ്റെ പ്രണ ഭഗവാൻ അസുരവധം കഴിഞ്ഞ് ദ്വാരകയിൽ സ്ഥിര താമസമാക്കി ഭരണം വളരെ ക്ഷേമമായി നടന്നു അപ്പോഴേക്കും യതുകുലം പണ്ടത്തേക്കാൾ ശക്തി പ്രാപിച്ചു അവർ ശക്തന്മാരായതോടുകൂടി അഹങ്കാരവും വർദ്ധിച്ചു ഭൗതികമായ ഐശ്വര്യവും ബലവും തത്വബോധമില്ലാതെ എവിടെ സംഭവിക്കുന്നോ അവിടെ അഹങ്കാരം പെരുകും ഭഗവാൻ ഇത് കണ്ടു ഇത് കുഴപ്പമായല്ലോ നമ്മളെ ഭൂഭാരം ശമിപ്പിക്കണം അസുരന്മാരെയൊക്കെ വധിച്ചു പക്ഷെ നമ്മുടെ വംശം തന്നെ നമ്മുടെ ബന്ധുക്കൾ തന്നെ അഹങ്കരിച്ച് ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുകയാണല്ലോ അദ്ദേഹം ചിന്തിച്ചു ഇനിയിപ്പം അത് പറ്റില്ല ഇവരെ നശിപ്പിച്ചേ പറ്റൂ അതിനിപ്പം എന്താ മാർഗം മാർഗം എന്താ ഇവരെ തമ്മിലടിപ്പിക്കണം അത് മാർഗം മുളം കാട് തമ്മിൽ ഉരുമ്മി തീ പിടിച്ച് നശിക്കുന്നില്ലേ മുളം നശിക്കാൻ കാരണം മുളകൾ തന്നെ അവ തമ്മിലൊരുങ്ങി തീപിടിച്ചു നശിച്ചു അതുപോലെ എതുക്കളും നശിക്കണം ഇത് പണ്ടുള്ള ഒരു നിയമമാണ് ശ്രദ്ധിച്ചു നോക്കുക എവിടെയും ഒരേ തത്വസംഹിത അനുസരിക്കുന്നവർ ഒരേ മതത്തിൻ്റെ അനുയായികൾ ഒരേ ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഒരേ ജാതിയിൽപ്പെട്ടവർ ഇങ്ങനെ ഐശ്വര്യവും ബലവും വന്ന് എവിടെയാണോ അഹങ്കാരം വരുന്ന അവർ തമ്മിലടിക്കുന്നു നമുക്ക് എവിടെ നോക്കിയാലും കാണാം ഞാനത് പ്രത്യേകം എടുത്തു പറയണല്ലോ ശ്രദ്ധിച്ചു നോക്കുക ഒക്കെ അവർ തന്നെ തമ്മിലടിച്ച് ശരിപ്പെട്ടോളൂ ഈ പണ്ടുള്ള നിയമം അപ്പൊ ഒന്നും പേടിക്കാനില്ല ഈ ഒരു തുരുകൂട്ടർ മാത്രം ശക്തി പ്രാപിക്കുന്നു അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം മാത്രം അധികാരം കൈയടക്കുന്നു ഒന്നും പേടിക്കാനില്ല ഒക്കെ വേണ്ട നിയമങ്ങളൊക്കെ ഭംഗിയായി പണ്ട് പണ്ട് ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് ഈ ഭരണഘടനയ്ക്കു മാത്രം അനന്റ് മനസ്സാവശ്യമില്ല പണ്ട് പണ്ട് ഉള്ളതാണ് അതിന്നും നടക്കുന്നു എന്നും നടക്കും അക്കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഭഗവാൻ തൻ്റെ ബന്ധുക്കളെ തമ്മിലടിപ്പിച്ച് തൻ്റെ മക്കളുൾപ്പെടെയുള്ള ബന്ധുക്കളാണ് ഒരു ലക്ഷത്തിലേറെ തൻ്റെ മക്കൾ അതീ ലോക ജനത തന്നെ എന്തായാലും അതിനുവേണ്ടി മുനിശാപം ഉണ്ടാക്കാൻ ഭഗവാൻ തീരുമാനിച്ചു മുനിമാർ ഭഗവാനെ കാണാൻ വന്നു വളരെ പ്രബലന്മാരായ അനേകം മുനിമാർ ഇത് ഭഗവാന്റെ മക്കൾ കണ്ടുകൊണ്ടുവന്നു അവർക്ക് ഒരു തോന്നലുണ്ടായി ഈ മുനിമാരെ ഒന്ന് കളിപ്പിച്ചാലല്ല അവർ സാധുക്കൾ മുനിമാർ ഭഗവാനെ കാണണം കണ്ടിട്ട് പോട്ടെ അല്ല ഇവരൊന്ന് ആളാഹങ്കാരണം ഇവരെയൊന്ന് പരിഹസിക്കണം സാമ്പത്തിപത്രനായി രാം ഭഗവാനെ ഒരു ഗർഭിണിയുടെ വേഷം ധരിപ്പിച്ചു എന്നിട്ട് മുനിമാരുടെ അടുക്കിൽ കൊണ്ടുപോയി ചോദിച്ചു നിങ്ങൾ ത്രികാലജ്ഞരാ നല്ലടോ ഈ ഗർഭിണി പ്രസവിക്കുന്നത് ആളോ പെണ്ണം ആണ് ചോദിച്ചു മുനിമാർക്ക് മനസ്സിലായി ഭഗവാന്റെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ അഹങ്കരിച്ചാൽ അവരെ അങ്ങനെ വിടാൻ പാടില്ല അവർ പറഞ്ഞു ഈ ഗർഭിണിയൊരു ഇരുമ്പുളക്കെ പ്രസവിക്കും നിങ്ങളുടെ വംശം മുഴുവൻ ആ ഇരുമ്പുളക്ക നിമിത്തം നശിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞവരവരുടെ പാട്ടിൽ പോയി ഇവരാദ്യം വിചാരിച്ചു മുനിവായ കളിപ്പിച്ചതാണ് സാമ്പൻ ഒരാണ് അവൻ എങ്ങനെ ഇരുമ്പൊക്കെ പ്രസവിക്കുന്നത് എന്തായാലും കുറച്ചു കഴിഞ്ഞപ്പോ സാമ്പൻ തൊടപ്പിളർന്ന് ഒരു ഇരുമ്പൊക്കെ പ്രസവിച്ചു ഒരു ഇരുമ്പ് കഷ്ണം പ്രസവിച്ചു അപ്പൊ ശാപത്തിന്റെ ആദ്യ ഭാഗം നടന്നിരിക്കുന്നു ഇവിടെ ഒന്നും സംശയിക്കരുത് ഇങ്ങനെ നിനക്ക് വരുമോ ഇതൊക്കെ വെറും കെട്ടുകഥകളല്ലേ ആ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കെട്ടുകഥയല്ലാതെ എന്തുകൊണ്ട് നിങ്ങൾക്ക് യുക്തി പറയാവുന്ന എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ ഒന്നുമില്ല കെട്ടുകഥയാണെങ്കിൽ കെട്ടുകഥ അത് നടന്നു എന്തായാലും സാമ്പന്നും മറ്റും പരിഭ്രമമായി മനുശാഖത്തിൻ്റെ ആദ്യ ഭാഗം നടന്നിരിക്കുന്നു ി ബാക്കി ഭാഗവും നടക്കുന്ന തീരുമാനമായി അവര് നേരെ രാജാവിൻ്റെ സദസ്സിൽ ഈ ഇരുമ്പൊലക്ക കൊണ്ടുവച്ചു അപ്പൊ സദസ്സിൽ ചർച്ച ചെയ്തു കൃഷ്ണനവിടെ ലൗഗ്രസേന മഹാരാജാവും കൃഷ്ണനോട് പറഞ്ഞില്ല അവർ പക്ഷെ ഭഗവാനെല്ലാം അറിഞ്ഞു അവർ തീരുമാനിച്ചു ഇരുമ്പുലക്ക രാഗി പൊടിച്ചു പൊടിയാക്കി സമുദ്രത്തിലറിയുക ണട്ടെ അത് വംശം നശിപ്പിക്കുന്നത് എങ്ങനെയാന്ന് കാണാമല്ലോ ഇവിടെയൊക്കെയാണ് നമ്മൾ വലിയ ബുദ്ധിമാന്മാരെന്ന ഭാവത്തിൽ പല പ്രതിവിധികളും നോക്കുന്നു പലതരം പക്ഷെ നടക്കേണ്ടത് നടന്നിരിക്കും എങ്ങനെ പ്രതിവിധി ഉണ്ടാക്കിയാലും നടന്നിരിക്കും ഒടുവിലൊരു കഷണം ബാക്കി വന്നു വരുമ്പിട്ട് അതും കടലിലെറിഞ്ഞു എന്തിന് കുറെ കഴിഞ്ഞ് ഇരുമ്പ് പൊടി മുഴുവൻ കടൽക്കരയിൽ നല്ല കൂർത്ത ഏറെ പുല്ലുകളായി കിളർത്തും ഇവിടെയൊന്നും സംശയിക്കരുത് സാറേ എങ്ങനെയായി ഇരുമ്പ് പൊടി ആയി എന്തു ചെയ്യാൻ എന്ന് ഇറവില്ലായി കഴുത്ത് ഒരു കഷണം ഉണ്ടാകുന്നത് ഒരു മീൻ വിഴുങ്ങി ആ മീൻ ഒരു മീൻപിടുത്തക്കാരന്റെ വലയിൽപ്പെട്ടു അതൊരു വേടൻ വാങ്ങിച്ചു മീൻ അവ വയർ പൊറിച്ചു നോക്കിയപ്പോൾ അതിരുമ്പ് വഷണം ആ ഇരുമ്പ് വഷണം അവൻ തന്റെ വില്ലിൻ്റെ അമ്പിന്റെ മൊനയാക്കി മാറ്റി ഇത്രയൊക്കെ സംഭവിച്ചിരിക്കുകയാണ് കൃഷ്ണൻ അറിയാം നടക്കേണ്ടതൊക്കെ നടക്കും അങ്ങനെ ഭഗവാൻ രാജ്യം ഭരിച്ചു കഴിഞ്ഞ് ഇതൊക്കെ സംഭവിച്ചപ്പോഴാണ് ഞാനും ശരീരം വിട്ടുകളാണ് ഇതു കൊല്ലം മുഴുവൻ നശിക്കും ഞാനും ഇനിയിപ്പോൾ ഈ ശരീരം വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അങ്ങനെ ശരീരം വിടാൻ ഉള്ള ഒരുക്കങ്ങൾ നടന്നപ്പോഴാണ് ഉദ്ധവർ ഓടിച്ചെന്ന് അങ്ങനെ പോകരുത് എന്നെ കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഉദ്ധവർ പറഞ്ഞ് സമാധാനിപ്പിച്ചു ബഹുരി ആശ്രമത്തിലേക്ക് യാത്രയാക്കി അപ്പോഴേക്കും ദ്വാരകളിൽ വലിയ ദുർനിമിത്തങ്ങൾ കണ്ടു തുടങ്ങി ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു വല്ലാത്ത ദുർനിമിത്തങ്ങളാണ് നമ്മൾ ഇനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല വലിയ ആപത്തെങ്ങൾ വരാൻ പോകുന്നു നമുക്ക് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാം അവിടെ അതൊരു ദിവ്യസ്ഥലമാണ് അവിടെ ചെന്ന് പൂജയൊക്കെ നടത്തിയാൽ ഈ കഷ്ടകാലത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്നെങ്കിലും ഉണ്ടാവട്ടെ എല്ലാവരും ആയിട്ട് സ്ത്രീകളെയും കുട്ടികളെയും പ്രത്യേകിച്ച് വേറൊരു സ്ഥലത്തേക്ക് അയച്ചു മറ്റ് ആണുങ്ങളൊക്കെ കൂട്ടി പ്രഭാസ തീർത്ഥത്തിലെത്തി പൂജയൊക്കെ നടക്കുകയാണ് പക്ഷേ ലക്ഷക്കണക്കിന് വരുന്ന ഏതുക്കൾ ഭഗവാന്റെ പുത്രന്മാരുൾപ്പെട്ട ഇതുക്കൾ എന്തു ചെയ്തു എല്ലാവരും ശരിക്കും കുടിച്ചു മതിച്ചു മദ്യപാനം ചെയ്ത് മതിച്ചു നമ്മളിവിടെ മദ്യപാനം അവിടെ വ്യാജമദ്യം ഇവിടെ ആ മദ്യം മരിക്കുന്നു ഒരുപാട് അറുകൾ മദ്യപാനം കൃഷ്ണന് നിർത്താൻ പറ്റില്ല കൃഷ്ണന്റെ മക്കളെ പോലും അതിലൊന്നും തടയാൻ സാധിച്ചില്ല മദ്യവിച്ചു കുടിച്ച് ശരിക്കും ബുദ്ധി തകർന്ന സമുദ്രക്കരയിൽ പൊടിച്ചു നിന്ന കൂർത്ത ഏരക പുല്ലുകൾ പിഴുത് അങ്ങോട്ടുമിങ്ങോട്ടും എറിഞ്ഞു അങ്ങനെ എല്ലാവരും പതിനാണ്ട് മക്കൾ ഉൾപ്പെടെ യതുക്കളെല്ലാം മിക്കവാറും മരിച്ചു വീഴുക പ്രഭാസ തീർത്ഥത്തിൽ ഭഗവാൻ മാറി നിന്നു നോക്കി എവം നഷ്ടു സർവു കുലേഷതോഭൂഭാരശേഷി ഭഗവാൻ അവശേഷിച്ചു ഭഗവാൻ ബലരാമൻ ഒക്കെ നേരത്തെ സ്വയം ശരീരം ഭക്ഷിച്ചു ഭഗവാൻ അവശേഷിച്ചു ഭഗവാൻ വിചാരിച്ചു ഏവം നഷ്ടേഷു സർവേഷു കുലേഷു തന്റെ കുലം മുഴുവൻ നഷ്ടമായി കേശവ അവതാരോ ഭൂഭാര ആ ഭൂഭാരമിപ്പോ ഏതാണ്ടൊക്കെ ഒന്ന് തീർന്നു ഇതി മേനേ എന്ന് സമാധാനിച്ചു അവശേഷിത ബാക്കി വന്ന ഭഗവാൻ അങ്ങനെ അവശേഷിച്ചു എന്നിട്ടിനി ശരീരം വിടാനായി തീരുമാനിച്ച് ഒരാൽത്തറയിൽ ചെന്ന് ഇരിപ്പായി തൻ്റെ ഇടത്തേക്കാല് വലത്തെ തുടയിൽ കയറ്റിവെച്ച് ധ്യാനനിമഗ്നായി ശരീരം വിടാൻ ഭഗവാൻ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോ ഒരു വേദന ഉലയൊന്നു ഈ വൃക്ഷത്തിൻ്റെ മറവിൽ ഭഗവാനെ പൂർണ്ണമായി കണ്ടില്ല ഭഗവാന്റെ പാദങ്ങൾ പാദമാണ് കണ്ടത് അതായത് ഒരു മൃഗത്തിൻ്റെ മുഖമായിരിക്കാം എന്ന് തെറ്റിദ്ധരിച്ച് തന്റെ കയ്യിലിന്ന് അമ്പെഴ്തു ഭഗവാന്റെ കാലിൽ കൊണ്ടു അളോടി ഒന്ന് നോക്കിയപ്പോൾ ഭഗവാനാണിരിക്കുന്നത് താണ് വീണ് മാപ്പപേക്ഷിച്ചു ആ ഭഗവാൻ പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട നടക്കേണ്ടത് നടന്നു നീ എനിക്കൊരു ഉപകാരമാണ് ചെയ്തിരിക്കുന്നത് നടക്കേണ്ടത് നടന്നു ഈ ഈ അമ്പ് അവശേഷിച്ച കഷണം മുനയായിട്ടുള്ള അമ്പാണ് അപ്പോൾ ഇരുമ്പ ഉലക്കോണ്ടത് വംശം നശിക്കും എന്ന മനുഷ്യാവും ഏതണ്ട് പൂർണ്ണമായി നീ ഒട്ടും ഭയപ്പെടേണ്ട നീ പൂക്കോട് നിന്നെ നിന്നെ ഞാനിത് അസ്വർഗത്തായിരിക്കുന്നു അത്യധികം സുഖസമൃദ്ധിയുള്ള സ്വർഗത്തയക്കുന്നു എന്ന് പറഞ്ഞ് ആ വേടനെ ഭഗവാൻ സ്വർഗത്തേക്കയച്ചു അപ്പോൾ ഭഗവാന്റെ സാരഥിയായ ദാരു രഥവുമൊക്കെ കൊണ്ടുപോ എത്തി ആ ഭഗവാന് ഉണങ്ങി അങ്ങനെ അന്വേഷിച്ച് ഞാൻ ഇവിടെയൊക്കെ നടക്കുകയായിരുന്നു ഇപ്പം തുളസി ഗന്ധം ആസ്വദിച്ച് ഞാനിവിടെ വന്നില്ല അങ്ങയെ കണ്ടു ഓ ഭഗവാൻ പറഞ്ഞു ദാരുവ ഞാൻ ശരീരം വിടാൻ തീരുമാനിച്ചിരിക്കുന്നു നീ ഒരു കാര്യം ദ്വാരകയിലേക്ക് പോണം അപ്പോഴേക്കും ഭഗവാന്റെ രഥം അതിലെ ആയുധങ്ങളുമൊക്കെയായി ആകാശത്തേക്കുയർന്ന് പോകുന്നതായി ദാരുവൻ കണ്ടു ീ നേരെ ദ്വാരകയിൽ പോണം അവിടെയുള്ളവരോട് പറയണം കൃഷ്ണൻ ശരീരമൊക്കെ വിട്ടു യഥുകുലം മുഴുവൻ ഓടുങ്ങി നിങ്ങളിനി ഇവിടെ താമസിക്കേണ്ട ഈ ദ്വാരക അതിവേഗം വെള്ളത്തിൽ മുങ്ങും സമുദ്രത്തിൽ മുങ്ങും അതുകൊണ്ട് നിങ്ങൾ ഇവിടം വിട്ടു പോകണം വരും അവരുടെ കൂടെ പോയിണം അർജുനനെ ധർമ്മപുത്ര ഭഗവാന്റെ കാര്യം അന്വേഷിക്കാൻ പറഞ്ഞയച്ചിരിക്കുകയാണ് എന്തുപറ്റി രാജ്യം ഭരിക്കില്ല എന്ന് ശഠിച്ച ധർമ്മപുത്രർക്ക് രാജ്യഭാരം കിട്ടി അതിൻ്റെ ആനന്ദലഹരിയിൽ നിഴുകി ലോകപോമല തുല്യന്മാരായ സഹോദരന്മാർ വംശത്തിന് പരീക്ഷിത്ത് ഒരു വംശരക്ഷകനായ കുഞ്ഞ് ഇത്രയും കിട്ടിയപ്പോ ഭാഗവതം പറയുന്നത് കുറച്ചു ദിവസത്തേക്ക് ധർമ്മപുത്രർ ഭഗവാനെ മറന്നു എന്നാണ് ദ്വാരകയിലേക്ക് പോയ ഭഗവാനെ അത്ര ചിന്തിച്ചതേയില്ല ഏവം ഗൃഹേഷു സത്താനാം പ്രമത്താനാം തദീഹയാ അത്യക്രമത് അവിജ്ഞാസകാല പരമതുസ്തര ഇങ്ങനെ ഭഗവാന് മറന്ന് രാജ്യം വേണ്ട പറഞ്ഞ ആളാണ് കിട്ടിയത് കിട്ടുന്ന സുഖം നമുക്ക് ഇന്ത്യ അത് ഭഗവാൻ മനഃപൂർവ്വമല്ല അറിയാൻ മായ ഈ മായ മനുഷ്യനെ ഇട്ട് കളിപ്പിക്കുന്നതിന്റെ ഓ വല്ല ആചരി ഉണ്ടോ ധർമ്മപുത്ര പോലും മറന്നു പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ദുർനിമിത്തങ്ങൾ അപ്പോഴാണ് ധർമ്മപുത്രർ അയ്യോ ഞാൻ ഭഗവാനാവുന്നു അർജുന വേയമ്പ വേയുമ്പോൾ ഭഗവാൻ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചിട്ടുവാ അർജുനൻ നേരെ ദ്വാരകയിൽ വന്നു അപ്പോഴെന്ത അവസ്ഥയിൽ ദ്വാരക വെള്ളത്തിൽ നിന്നിക്കൊണ്ടിരിക്കുന്നു ഭഗവാന് ഒന്നു കാണാനേ സാധിച്ചില്ല ഭഗവാനവിടുന്ന് പ്രഭാസ തീർത്ഥത്തിലേക്കൊക്കെ പോയി അവിടുന്ന് ശരീരം ഉപേക്ഷിക്കാനായി ഒരാൾത്തറയിൽ ഇരിപ്പുറപ്പിച്ചു അർജുനന് കാണാൻ കഴിഞ്ഞില്ല എതുക്കളൊക്കെ തമ്മിലടിച്ച് ചത്തുകഴിഞ്ഞു എന്നുള്ള വാർത്ത ദാരുവൻ ദ്വാരദൈവം അറിയിച്ചു അപ്പൊ അവിടെയുള്ള കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ കൊണ്ട് അർജുനനെ തിരിച്ചു മടങ്ങണം ഭാഗവതം പറയുന്നത് ഈ സന്ദർഭത്തിലാണ് കൃഷ്ണൻ യുദ്ധക്ലത്തിൽ വച്ച് ഉപദേശിച്ച ഗീതാതത്വം അർജുനന് ബോധ്യപ്പെട്ടത് ഗീതം ഭഗവതാജ്ഞാനം എത്തത് സംഗ്രാമൂർധനി കാലകർമ്മതമോർദ്ധം പുനരധ്യപമത് പ്രഭു ഗ ഗീതം ഭഗവതാജ്ഞാനം അന്ന് ഏതാണ്ടൊരു സ്മൃതി കിട്ടി അത്രയുള്ളൂടി അർജുനൻ പറയുന്നു ഭഗവാനെ നഷ്ടോ മോഹ സ്മൃതിർലത്തുപ്രസാദാൻ ശരിക്കും അനുഭവം വന്നില്ല തുപ്രസാദയാ എന്തായാലും ഞാൻ ഇനി അങ് പറയുന്നത് കേൾക്കും ഞാൻ യുദ്ധം ചെയ്യും അല്ലാതെ മനസ്സിന് പൂർണ്ണ സമനിലയോ ദുഃഖനിവൃത്തിയോ ഒന്നും സംഭവിച്ചില്ല ആ അർജുനന് ഇവിടെ ഒന്നിത് കണ്ടപ്പോ എന്താ എനിക്ക് സർവായിരുന്ന ജഗദീശ്വരൻ അല്ലെങ്കിൽ ജഗദീശ്വരൻ തന്നെ ഇപ്പോൾ ഉറപ്പായി കാണുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ ഒരു നോക്കുന്നു കാണാൻ പോലും സാധിച്ചില്ല അദ്ദേഹം ഉണ്ടാക്കിയെന്ന് കരുതുന്ന ദ്വാരക അത് വെള്ളത്തിൽ മുങ്ങുന്നു യതുക്കളെല്ലാം തമ്മിലടിച്ചും മരിച്ചു ഈ താണോ ഈ ലോകം അർജുന അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം ഇതനിത്യവും അസുഖവുമാണ് ഇവിടെ ഇതൊന്നും ഇല്ല ഇതൊരു വെറും ഭ്രമമാണ് ആരുടെ മക്കളായാലും ശരി എന്തൊക്കെയായാലും ശരി ഇത് ജഡം ജഡപ്രപഞ്ചത്തിന്റെ അത്ഭുതകരമായ ഒരു ലീല അർജുനൻ അപ്പോഴാണ് മനസ്സിലായത് ഗീതം ഭഗവതാ ജ്ഞാനം സംഗ്രാമൂർത്തി ആ യുദ്ധക്കിടത്തിൽ വെച്ച് പറഞ്ഞ ജ്ഞാനം കാലകർമ്മ തമോരുദ്ധം പാകപ്പെടാനൽപ്പം താമസം വന്നു കാലം വേണ്ടിവന്നു പ്രാരബ്ധകർമ്മം ക്ഷയിക്കണം അതൊക്കെ കഴിഞ്ഞപ്പോ പുനരധ്യകമത് പ്രഭു അർജുനന് അത് വീണ്ടും വാസുദേവ അനുധ്യാന പരിബ്രഹ്മിത രംഹസ ആ അപ്പോഴേക്കും ആ വാസുദേവധ്യാനം ഉള്ളിലങ്ങനെ അർജുനന് നിറഞ്ഞു കവിഞ്ഞു ആ യുദ്ധക്കളത്തിൽ തേറി നടത്തി കൊണ്ടിരിക്കവേ തന്നെ ഉപദേശിച്ച ആരോഗ്യമൊക്കെ ഓർമ്മ വാസുദേവാംഘ അനുധ്യാന പരിബ്രംഹിത രംഹസ ഭക്തി അതിരൊട്ട് ഭക്തി സംഭവിച്ചു നിർമ്മധിത അശേഷ കഷായധിഷണോ അർജുന അയാളുടെ മനസ്സിൻ്റെ ആ മോഹം ഞാൻ എന്റേത് എന്ന മോഹം ഒക്കെ പൂർണ്ണമായും മാറി അർജുനൻ ആ തത്വം അനുഭവിച്ചറിയാൻ കരുത്തനായത് അപ്പോഴാണ് എന്നാണ് ഭാഗവതം പറയുന്നത് എന്തായാലും ഭഗവാൻ ശരീരം വിടാൻ തീരുമാനിച്ചു അങ്ങനെ ദാരുവന ദ്വാരകയിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് അവിടെ ഇരുന്ന് ലോകാഭിരാമം രാമാം സ്വതനും ധാരണാധ്യാനമംഗളം യോഗമയ്യ ആഗ്നേയ ദാമാവിശസ്വകം ലോകാഭിരാമം രാമാം സ്വതനും ലോകാഭിരാമമായ സ്വന്തം ശരീരത്തെ ആര് കണ്ടാലും അത്ഭുതകരമാ വണ്ണം മനസ്സാകർഷിക്കപ്പെടുന്ന ആ രൂപത്തെ എന്തിനാണിങ്ങനെ ഒരു രൂപം ഭഗവാൻ സ്വീകരിച്ചത് ലോകത്തെ നന്നാക്കാനൊന്നുമല്ല അതിൽ കൂടുതൽ ഭക്തരായ ആളുകൾക്ക് മനസ്സിനെ ധാരണാധ്യാനങ്ങളിൽ ഉറപ്പിക്കാൻ ആയിരുന്നു ആ യോഗം സ്വീകരിച്ചത് ലോകാഭിരാമാംസ്വത്തനും ധാരണാധ്യാനമംഗളം ധാരണയ്ക്കും ധ്യാനത്തിനും ഉപയോഗിച്ച് മനസ്സിനെ പാകപ്പെടുത്തി അന്തശീതലത മംഗളം അനുഭവിക്കാനായി കൈക്കൊണ്ടേ ആ ശരീരം യോഗമയ്യ യോഗധാരണയാ അഗ്നേയ ഭഗവാൻ യോഗധാരങ്ങൾ കൊണ്ട് യോഗാഗ്നി ജ്വലിപ്പിച്ച് ആ ശരീരത്തെ ഭസ്മീകരിച്ചു അങ്ങനെ താമ ആവിശകം സ്വന്തം സ്ഥാനത്തേക്ക് മടങ്ങി ഇതാണ് അപ്പോഴേക്കും പെരുമ്പറകൾ പോഷിച്ചു എല്ലാവരും വന്ന് നോക്കി നിൽക്കുകയാണ് ദേവന്മാരും ഓരോവരും ഒക്കെ ഭഗവാന്റെ സ്വർഗാരോഹണമല്ല സ്വസ്ഥാനത്തേക്ക് തിരിച്ചെത്തൽ എല്ലാവരും നോക്കി നിൽക്കുന്നു ഒരു പുഷ്പവൃഷ്ടി പെരുമ്പ്രഘോഷിച്ചു ജയ ജല ശബ്ദം മുഴുങ്ങി ഈതാണ് കൃഷ്ണന്റെ സ്വധാമഗമനം ഇവിടെ വളരെ ശ്രദ്ധിക്കണം സ്വധാമഗമനം തൻ്റെ സ്ഥാനത്തേക്ക് തിരിച്ചുപോയി ഭഗവാന്റെ സ്ഥാനം കൃഷ്ണൻ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഇത് കഥ കേട്ടു ഈ കഥകളൊക്കെ എന്തിന് നമ്മെ പരമസത്യത്തോടടുപ്പിക്കാനാണ് ആ പ്രയോജനം ഉണ്ടായില്ലെങ്കിൽ കഥ കേട്ടു രസമായി ഭഗവാൻ ശരീരം ഉപേക്ഷിച്ചു പോരാ ഭഗവാന്റെ ധാമം ഏതാണ് അല്പം മുൻപ് ഭഗവാൻ ഉദ്ധകരോട് പറഞ്ഞതേയുള്ളൂ എടും നിനക്ക് ഈശ്വരനെ കാണണം അല്ലേ കണ്ടോളൂ ഈ കാണുന്നതൊക്കെ ഈശ്വരനാണ് മാമേവ സർവഭൂതേഷു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തോ മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃത്തം ഈക്ഷേത ആത്മനിചാത്മാനം യഥാർത്ഥം അമലാശയ ആകാശം കാണും പോലെ എന്നെ കാണു ഞാൻ സർവത്ര നിറഞ്ഞിരിക്കുന്നു സർവ കാഴ്ചകളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു ഇത്തവരെ അപ്പൊ എന്നെ കാണാൻ നിങ്ങൾക്കിനി ഒരിടത്തും പോകേണ്ട കാര്യമുണ്ട് കണ്ണു തുറന്ന് നിങ്ങൾ നോക്കിയാൽ കാണുന്നതൊക്കെ എന്നെയാണ് ഓഹോ അങ്ങനെയാണെങ്കിൽ ഈ ഭഗവാൻ ആരാ ഭഗവാൻ ബ്രഹ്മം കൃഷ്ണനാരാ ബ്രഹ്മം ഞാൻ ബ്രഹ്മമാണ് എന്ന് പ്രസവിച്ചു വീണുടൻ അമ്മയോട് പറഞ്ഞേ അമ്മയോട് പറഞ്ഞു അമ്മേ എന്നെ വെറും പുത്രനായി കരുതരുത് ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് നിങ്ങളുടെ പുത്രനായി ജനിക്കുന്നത് കാരണം നിങ്ങൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ജന്മങ്ങളിൽ തപസ് ചെയ്ത് എന്നെ പ്രത്യക്ഷപ്പെടുത്തി പ്രത്യക്ഷപ്പെടുപ്പെടുമ്പോൾ എന്താ വരം വേണ്ടത് അന്ന് മകനായി ജനിക്കണം നിങ്ങൾ ദുഃഖമോചനം ചോദിച്ചില്ല ദുഃഖമോചനമാണ് മോക്ഷം മോക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങ് അപ്പുറത്ത് പരലോകത്ത് മുമ്പ് നേടേണ്ട ഒരു കാര്യവുമല്ല സത്യ ഉറപ്പുവരുത്തി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഇവിടെ വെച്ച് ദുഃഖമൊഴിവാക്കുക സത്യ ഉറപ്പുവരുത്തുന്ന എന്തിനാ ദുഃഖം ഒഴിവാക്കുക ഇവിടെ ദുഃഖിച്ചത് ഒരു പ്രയോജനമില്ല അവ ചെയ്യുന്നതല്ലേ പറയുന്ന നിങ്ങൾ ദുഃഖമില്ലാതാക്കുക നിങ്ങൾ ബ്രഹ്മനിഷ്ഠൻ ദുഃഖം പോയാൽ സുഖം സുഖം തന്നെയാണ് ബ്രഹ്മം ഇപ്പൊ കൃത്രിമമായുണ്ടായ ദുഃഖം അത് തന്നെ തടഞ്ഞിരിക്കുന്നു അത്രേ ഉള്ളൂ അങ്ങനെ ദുഃഖം എന്ന മോക്ഷം പല ലോകത്തു പോയി നേടേണ്ടത് അല്ല ഇതാണ് ഭഗവാന്റെ ശരീരം ഭഗവാൻ ജനിച്ചോ ആകാശ തുല്യമായ തന്റെ സ്ഥിതി ഇവിടെ ഭഗവാൻ ശരീരം ഉപേക്ഷിച്ച ആ സ്ഥിതിയിലേക്ക് തിരിച്ചു മടങ്ങി എന്താ ശരീരം ഉള്ളപ്പോ ആ ശരീരത്തിൽ അകവും പുറവും നിറഞ്ഞ ആ സ്ഥിതിയാണ് അപ്പൊ ഇത് ചിന്തിച്ചില്ലെങ്കിൽ ഭഗവാൻ തിരിച്ചു മടങ്ങി എന്നൊക്കെ പറഞ്ഞ നമ്മളെന്ത് ആയിരിക്കും ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിൽ പോകുന്നത് പോലെ ഇത് ഭഗവാന്റെ ഇരിപ്പട അല്ലായിരുന്നു അദ്ദേഹം അങ്ങോട്ട് പോയി ഒന്നും സാധ്യമല്ല ഒന്നും സാധ്യ ഭഗവാൻ ഒരിടത്തും പോകാനില്ല ഒര തൻ്റെ ശരീരം പോലും ആ പരമാത്മസത്വവും ടകവും പുറവും നിറഞ്ഞത് പിന്നെ ഇനി എവിടെ പോകാനാണ് അപ്പോൾ താമ ആവിശം എന്നൊക്കെ സാധാരണ രീതിയിൽ പറയുന്നത് അതുപോലെ ഗ്രഹിച്ചാൽ നമുക്ക് സത്യം ഗ്രഹിക്കാൻ കഴിയില്ല കൃഷ്ണനെ തന്നെ ബ്രഹ്മവനായി ഗ്രഹിക്കുക എവിടെയും ഗീതയിൽ ആവർത്തിച്ചു പറയുന്നു ഭാഗവതത്തിൽ അമ്മയോടും അച്ഛനോടും പറഞ്ഞു എന്നെ പുത്രനായി മാത്രം കരുതരുത് ഇടയ്ക്കെങ്കിലും ഇടയ്ക്കിടയ്ക്കെങ്കിലും ബ്രഹ്മമായി കരുതണം യുവാമുത്രഭാവേന ബ്രഹ്മഭാവേണകൃച്ചിന്തയന്തോ ജനിച്ചു വീണപ്പോ പറഞ്ഞതാണ് കൃതസ്നേഹവും മദ്ഗത്തിൻ പരണം ഇടയ്ക്കിടയ്ക്കെങ്കിലും ബ്രഹ്മമായി കരുതണം പറഞ്ഞു അവിടെ അമ്മ ദേവഹി കൃഷ്ണനോട് പറയുന്നു അല്ല സ്തുതിക്കുമ്പോ കൃഷ്ണൻ ജനിച്ചു കിടക്കുകയാണ് ഗൗവ എന്താ പറയുന്നത് അങ്ങ് ജനിച്ചിട്ടുമൊന്നുമില്ല പറയുന്നത് വിശ്വം യതമോ നിശാന്തേ യഥാവകാശം പുരുഷപരോഭവാൻ വിഭർത്തി സോയം മമ ഗർഭകോ അഭൂത് അഹോ നിർലോക വിടംബനം ഹി തത് എന്താ അങ്ങ വിശ്വം യതേതദ് ഭഗവാനെ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന വിശ്വം വിശ്വം ഏത് സ്വതനൗ നിശാന്തേ പ്രടയവാലോ ഒക്കെ കഴിയുമ്പോ അങ്ങ് സ്വന്തം സ്വരൂപത്തിൽ നിന്നും ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രപഞ്ചത്തെ പ്രകടമാക്കുന്നു സ്വതനൗ നിശാന്തേ യഥാവകാശം പുരുഷപരോ ഭൻ വിഭർത്തി അങ്ങയുടെ സ്വരൂപത്തിൽ ിച്ചപ്പോ വിശ് അങ്ങ് സദാ ധരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള അങ് സ്വയം മമ ഗർഭോഹോ എന്റെ ഗർഭത്തിൽ ഒരു കുഞ്ഞായി ജനിച്ചെന്നോ ഭഗവാൻ ബ്രഹ്മമാണെങ്കിൽ ആ ബ്രഹ്മമെങ്ങനെ ദേവതയുടെ കയറ്റിൽ ഒരു കുഞ്ഞായി ജനിക്കുന്നത് അഹോ അമ്മ പറയാണ് ദേവ് അഹോ നൃലോകം ഹിത്ത മനുഷ്യന്റെ വെറും ഭ്രമമല്ലേ വെറും ഭ്രമം അപ്പോ സർ അങ്ങനെയൊക്കെ പറഞ്ഞാലപ്പോ കൃഷ്ണൻ ജനിച്ചില്ലേ കൃഷ്ണൻ ജനിച്ചോ ഇല്ലയോ മരിച്ചോ ഇത് സംശയിക്കുന്നവരോട് നമുക്ക് ചോദിക്കാനുള്ളത് അങ്ങ് ജനിച്ചോ മരിച്ചോ അങ്ങ് ജനിച്ചോ ആ പിന്നെ ഞാനൊരു മുപ്പത്തി അൻപത് കൊല്ലമായല്ലേ ഉള്ളൂ ഞാൻ ജനിച്ചിട്ട് അൻപത് കൊല്ലത്തിന് മുമ്പ് ഞാൻ ജനിച്ചു ആ ജനിച്ചോ ആ എവിടുന്ന് ജനിച്ചു എന്തൊരു അത്ഭുതം എങ്ങനെ ജനിച്ചു ഇതിനേക്കാൾ ഒരദ്ഭുതോ ഒരു ചോദ്യത്തിനുത്തരവില്ല വിദ്യാർത്രിനെ കൃഷ്ണൻ ബ്രഹ്മമാണ് ീരുമാനിച്ചാൽ കൃഷ്ണചരിത്രത്തിലെ അത്ഭുത സംഭവങ്ങൾ ഒന്നും ആരും അത്ഭുതപ്പെടില്ല ഇപ്പൊ അതാണ് കൃഷ്ണനോ ഗോവർദ്ധന എടുത്തു നോക്കി അല്ലെങ്കിൽ വസത്സേൻ കഥ കാണിച്ചു ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അപ്പം കൃഷ്ണൻ ജനിച്ചു നിങ്ങൾ ജനിച്ചോ ഇത് ഇതാലോചിക്കാനാണ് വ്യാസനെ അദ്ഭുതങ്ങൾ പോലും എഴുതി വെച്ചിരിക്കുന്നത് വ്യാസൻ മടുന്നൊന്നുമല്ല വ്യാസൻ അറിയാതെ എഴുതിയില്ല കൃഷ്ണൻ ബ്രഹ്മമാണ് ബ്രഹ്മത്തിന് ജനിക്കാൻ പറ്റുമോ പറ്റൂല ബ്രഹ്മം അഖണ്ഡ നിശ്ചല ബോധവുമാണ് അതിൽ ഒരനക്കം പോലും ഒരിടത്തും സംഭവിക്കാൻ സാധ്യമല്ല അപ്പൊ പിന്നെ ജനിച്ചു എന്ന് പറയുന്നത് ദേവവി പറയുന്നതാണ് ഉത്തരം അഹോ നിർലോകസ്യ വിടംബനം ഹിത്ത മനുഷ്യന്റെ ഭ്രമം അതെ അങ്ങനെ പറഞ്ഞാലോ നിങ്ങൾ ജനിച്ചു എന്നുള്ളത് തന്നെ നിങ്ങളുടെ ഭ്രമം അതെങ്ങനെ സർ അല്ലെങ്കിൽ എവിടുന്ന് ജനിച്ചു എന്തിന് ജനിച്ചു ജനിച്ചത് മുതൽ മരണത്തിലേക്ക് പോയുന്നു എന്തിന് മരിച്ചു എങ്ങോട്ട് മരിച്ചു ചോദ്യത്തിനെങ്കിലും ഉത്തരവുണ്ടോ വിദ്യാരങ്ങസ്വാങ്ങൾ ചോദിക്കുന്നു ഈ മനുഷ്യജനം പോലെ ഇത്ര അത്ഭുതകരമായ ഒരു ചോദ്യത്തിനും ഉത്തരം മനുഷ്യജനുമല്ല എല്ലാ ജീവജാലങ്ങളുടെ ഇന്ദ്രനം ഒരു ചോദ്യത്തിനും ഉത്തരം വരാൻ സാധ്യമല്ല ഏതസ്മാത് കിന്ദ്രജാലം അപകടം യദ് ഗർഭവാസസ്ഥി തമ്മിലേതത്തി ഹസ്തമസ്തകതയാ പ്രോദ്ഭൂതമാനാകുരം പര്യാണ ശിശുത്വനജരാവേശൈരനേകൈരുവൃത്തം പശ്യത്യത്തിശൃണോതി ജിഹ്രതി തഥത്യഥാഗത്തി അതേം ചോദിക്കുന്നു യസ്മാത് കിമിവിന്ദ്രജാലമപരം ഇതിനേക്കാൾ വലിയൊരു ഇന്ദ്രജാലം എന്തൊമ്പ് കൃഷ്ണന്റെ ജനനം പോട്ടെ നമ്മുടെ ഓരോരുത്തരുടെ ഇന്ദ്രനം ഞാനിത് വിളിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കൃഷ്ണൻ ജനിച്ചില്ല എന്ന് ദേവത പറയുന്നത് അത്യന്തം അന്വർത്ഥം വെറും ഭ്രമം നമ്മുടെ ഏഴുത്തരുടെയും ജനനമെന്തർഭാസസ്ഥിതം രേതശ്ചേത ചേതത്തി നഗ്നമായ കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത അത്യന്തം സൂക്ഷ്മമായ പിതൃബീജം മാതൃഗർഭത്തിലെത്തി അവിടെ കിടന്ന് ചൈതന്യം എത്താവുക രേതനിശ്ചയത്തെത്തി അങ്ങനെയോ ഹസ്തമസ്തകതയാ തല തലമുടി കയ്യ് കാല് എല് മജ്ജ ഒരു സാമ്യവുമില്ലേ എന്തു വൈചിത്രമായിട്ട് ഇത് മനുഷ്യ ശരീരം മാത്രമല്ല എല്ലാ ശരീരവും എന്ത് വൈചിത്രിട്ട് അത് പുറത്തേക്ക് വരുന്നു ഹസ്തമസ്തകതയാ നാനാങ്കുരം അനേകമുള്ളകളുണ്ടായി അത് പുറത്തേക്കുവാണ് അത്രയും മാത്രമോ കൗമാരം യൗവനം ഇങ്ങനെ ദശകൾ കടന്നു പോകുന്നു വന്നു വന്നു കഴിഞ്ഞത് ഇതേതാ ആ നഗ്നമായ ദൃഷ്ടിക്ക് കാണാൻ പോലും കഴിയാത്ത പിതൃബീജം പര്യായണ ശിശുത്വയവു എന്ന ജരാകേഷ മാറി മാറി ശിശു കുമാരൻ യുവാവ് ജല ജീർണിക്കൽ ഒടുവിൽ മരണം ജരാകേഷയിൽ അനേക ഈർവൃത്തം പശ്യത്തി കാണുന്നു അത്തി ഭക്ഷിക്കുന്നു എന്തെ ഈ ഭക്ഷിക്കുന്ന ആദ്യ രൂപം ഭക്ഷിക്കുന്നു പശ്യത്തി അത്തി ജിഹ്രത്തി മണക്കുന്നു ജിഖ്രതി തഥാ ഗഥാഗത്തി വരുന്നു പോകുന്നു അത് മാത്രമാണ് ഈ കോലാഹലമയമായ മനുഷ്യലോകം കോലാഹലമയം ആത്മാട്ടി വഹളം എന്തെന്തൊക്കെയാണിന്ന് ലോകത്തെമ്പാടും നടക്കുന്നത് ഇതാരാണിത് എന്തിനാണിത് അത്രയൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല സാർ ഒക്കെ സംഭവിക്കുന്നു ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാൽ പോലും ഒരു ഉത്തരവില്ല എന്തിനെവിടുന്നു വരുന്നു എന്നൊക്കെ ചോദാൻ ചോദിച്ചാൽ പുനർജന്മം കഴിഞ്ഞ ജന്മത്തിൽ നിന്നും ഈ ജന്മത്തിലേക്ക് വന്നു എന്ന് കരുതി കൂടെ കരുതി കൂട കഴിഞ്ഞ ജന്മം ഉണ്ടെന്നുള്ളതിനാത്തളിവ ഒരു തെളിവില്ല ഉണ്ടെന്ന് പറയുക അത് കഴിഞ്ഞ ജന്മത്തെ വാസനകളാണല്ലോ ഇപ്പൊ വ്യക്തമായിട്ട് വരുന്നത് അത് ശരി ആചാര്യസ്വാമു ചോദിക്കുന്നു എന്ന് എൻ്റെ അഭിപ്രായമല്ല വാസനകളാണെങ്കിൽ ആദ്യത്തെ ജന്മം എപ്പോഴായിരിക്കും അവിടെ വാസനകൾ മാത്രവുമല്ല കർമ്മനും ആണ് ജന്മത്തിന് കാരണം ജന്മു കർമ്മത്തിന് കാരണം ഏതാദ്യം ഈ ചോദ്യങ്ങൾ ചോദിച്ചാലും എന്തുത്തരം പറയും നമ്മളൊക്കെ ഇപ്പോ വല്യ അറിവുള്ളവരും നമ്മട്ടില്ല അതൊക്കെ പുനർജന്മം ഒക്കെ കഴിഞ്ഞ ജന്മത്തെ ബുദ്ധിമുട്ടുകളാണ് അത് ശരി എപ്പോഴാ ജന്മം തുടങ്ങിയത് അതും തുടങ്ങിയാലും കർമ്മമുണ്ടെങ്കിലല്ലേ ജന്മുള്ളൂ ജന്മമുണ്ടെങ്കിലല്ലേ കർമ്മമുള്ളൂ വിത്തും വൃക്ഷവും പോലെ വിത്തോ വൃക്ഷമോ ഏതാണ് ആദ്യം ഒരുപാടിയുള്ളത് ആ ചരിസ്വാമികൾ പറയുന്നത് ഈ മനുഷ്യജീവിതം ജീവിതം അന്ധപരമ്പര ഊർവ് വസ്തു പിടികിട്ടാത്ത കുരുളന്മാരുടെ ഒരു ഘോഷയാത്ര എന്തിനൊക്കെ പറയുന്നു ഇത് ആലോചിച്ചു വന്നാലില്ല നമ്മുടെ ഋഷീശ്വരന്മാർ വ്യക്തമായി ചിന്തിച്ച് സത്യം കണ്ട് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു ഇത് മായാണ് മായാണ് ഇവിടെ ഒന്നുമില്ല മായാണ് വെച്ചാൽ വെറുതെ തോന്നുന്നു മരുഭൂമിയിൽ വെള്ളം പോലെ സത്യം കണ്ട സകലരും ഒടുവിലെത്തിച്ചേർന്നത് ഈ നിഗമനത്തിലാണ് വ്യാസൻ ഈ നിഗമനത്തിലാണ് എത്തിച്ചേർന്നത് എന്താ ഭാഗവതത്തില് മംഗളശ്ലോകത്തിൽ പോലും പറയുന്നു എത്ര ത്രിസർഗോ മൃഷ ഈ ത്രിസർഗം ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ അല്ലെങ്കിൽ ഭൂസർഗാതാളം ഒക്ക മൃഷ ഒന്നും ഇല്ലടും മംഗളശ്ലോകത്തിൽ പറയുന്നു വ്യാസൻ ഗൗഡപാദാചാര്യർ ഗംഭീരനായ തത്വജ്ഞാനായിരുന്നു അദ്ദേഹത്തിന്റെ മാണ്ഡൂക്യകാരികയ്ക്കുള്ള മാണ്ഡൂക്യ ഉപനിഷത്തിനുള്ള വ്യാഖ്യാനം പാശ്ചാത്യർ പോലും വായിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളവർ അത് വായിച്ച് കഴിഞ്ഞിട്ട് ഇതിലപ്പുറം ഇനി ഒന്നും അറിയാനില്ല എന്ന് പൂർണമായി സമ്മതിച്ചിട്ടുള്ളതാണ് മാണ്ഡുക്യകാരിക അതിവിടെ ഗൗഡബാഹി ദർശനം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആ ഉപനിഷ് വാല്യത്തിൽ കൊടുത്തിട്ടുണ്ട് അവർക്ക് ഒന്ന് വായിച്ചു നോക്കുക സംശയത്തിന്റെ കണിക പോലും പിന്നെ ഉണ്ടാവില്ല ഈ പ്രപഞ്ചം ഇല്ല അദ്ദേഹമാണ് പറയുന്നത് പ്രപഞ്ചോയതി വിദ്യേത നിവർത്തയേതന്ന സംശയ നിങ്ങളിപ്പോ പ്രപഞ്ചം കാണുന്നുണ്ടെങ്കിൽ ഇത് മാറിത്തരും മായാ മാത്രം ഇതം ദ്വൈത്വം രണ്ടായിട്ട് കാണുന്നത് വെറും മായ അദ്വൈതം പരമാർത്ഥത പരമാർത്ഥത്തിൽ ഉള്ള സത്യം അദ്വൈതം മാത്രം ഗൗഢബാഗം അത് കഴിഞ്ഞ ഗൗഢഭാഗ ശിഷ്യ ശിഷ്യനായ അന്ന് ഈ പ്രൗഢാനുഭൂതി എന്നുള്ള കൃതി അങ്ങനെ തന്നെ ഒരു കൃതിയുണ്ട് അതിലെ ഒടുവിലത്തെ ശ്ലോകം അതരിസ്വ എന്തു പറയുന്നു സത്വാജിത്സുഖരൂപമേവ സതത്വം ഇവിടെ സച്ചിദാനന്ദ അതായത് അഖണ്ഡ ബോധസ്വരൂപമായ ബ്രഹ്മം മാത്രമേക്കുള്ളൂ മാത്രം നാഹം നചത്വം ശിഷ്യനോട് പറയാ ആദ്യം പറയുന്നു എന്താ പ്രപഞ്ചമല്ല നല്ല ഞാനില്ല ഞാനില്ല ഏത് ഞാൻ അന്വേഷിച്ചാൽ എന്തോ ഒരു നഴൽ പോലെയൊക്കെ കാണുന്നു സത്യം അനുഭവിച്ചു വരുമ്പോൾ ഈ ഞാനില്ലയില്ല എവിടെയും ആ തെളിഞ്ഞ ബോധം അഖണ്ഡബോധം മാത്രം അതിലൊരു നിഴൽ പോലെ ഒരു ഞാൻ തോന്നി ഭ്രമം അതെന്തൊക്കെയോ കാട്ടിക്കൂട്ടി വാസ്തവത്തിൽ അതില്ല നാഹം നചത്വം മൃഷ ഞാനില്ല നീ ഇല്ല ജഗത്തില്ല നേതമ പ്രദൃഷ്ടമഖിലം നാസ്തി ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയല്ലോ ഇന്ദ്രിയങ്ങളെന്ന ഉപകരണങ്ങൾ കൊണ്ടനുഭവിക്കുന്ന ഈ പ്രപഞ്ചം ഇല്ലേയില്ല പ്രദൃഷ്ടഖിലംസ് ജാനീഹിപ്പോ കുഞ്ഞെ നീ ഇതറിയൂ യ്രോക്തം കരുമാവശത്യ നിന്നോടുള്ള കാരുണ്യം കൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത് എത്രോക്തം കരുമാവശത്വീമയം ഇത് മാത്രമാണ് സത്യം ഏതത് സ്ഫുടം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതത്യന്തം സ്പഷ്ടമാണ് തത് സത്യമേത സ്ഫുടം ശ്രദ്ധസ്വനഘ അരോ കുട്ടി നിന്റെ മനസ് ശുദ്ധമാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കൂ എന്താ ഈ പരമസത്യം ഒന്ന് ബുദ്ധിക്കെങ്കിലും പിടികിട്ടട്ടെ എന്ന് വച്ചാണ് ഈ ഇത്രയൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നു ഏക സ്ഫുടം ശ്രദ്ധസ്വാനക ശുദ്ധ ബുദ്ധി രസിച്ചേ നിന്റെ ബുദ്ധി ശുദ്ധമുള്ളതാണെങ്കിൽ ശ്രദ്ധിക്കൂ മാത്രുതേ സംശയ നിനക്കില്ലേശം പോലും സംശയം വരരുത് എന്ന് ശ്രീശങ്കരഭവത് ഭർ പറയുന്നു ഇതിന് എന്തുകൊണ്ടുവന്ന് വിവേകാനന്ദ സ്വാമി നമുക്ക് ഇപ്പോൾ ആധുനിക ലോകത്ത് നമ്മൾ നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ആൾ വിവേകാനന്ദ ഞാനിത് പറയുന്ന വെച്ചാൽ എനിക്ക് നല്ല ഉറപ്പ് പക്ഷെ ഇതിൽ ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് മാത്രം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും മാത്രമൊന്നും വിശ്വസിച്ചൊന്നുമില്ല അതുകൊണ്ട് വിവേകാനന്ദസ്വാമി പറയുന്നത് നോക്കൂ എന്നാൽ ശിഷ്യനെ വിളിച്ച് ആറാം നാള്യം ഗുരു ശിഷ്യ സംവാദം ആ ആറാം നാള്യത്തിലെ മുപ്പത്തിരണ്ടാം സംവാദം വായിച്ചു നോക്കുക ശിഷ്യനെ വിളിച്ച് പറയുകയാണ് കുഞ്ഞെ ധർമ്മമില്ല അധർമ്മമില്ല ഞാനില്ല നീ ഇല്ല ജഗത്തില്ല ഈ ശാസ്ത്രങ്ങളൊന്നും നമ്മെ മറ്റു ശാസ്ത്രങ്ങളൊന്നും നമ്മെ യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല അതൊക്കെ അവ അവ പറയുന്നതൊക്കെ ഒന്നുകിൽ അർത്ഥസത്യങ്ങളോ അസത്യങ്ങളോ ആണ് വെറും റിലേറ്റീവ് ട്രൂത്ത്സ് ചവിത്തും വർഷവും പോലുള്ള പുനർജന്മം എന്നൊക്കെ പറയുന്നതൊക്കെ വെറും റിലേറ്റീവ് ട്രൂത്ത് അതൊന്നും നമുക്ക് സത്യം വെളിപ്പെടുത്തി തരുന്നില്ല പരമസത്യം എന്താന്ന് വെച്ചാൽ ധർമ്മമില്ല അധർമ്മമില്ല ഞാനില്ല നീ ഇല്ല ജഗത്തില്ല ഞാൻ ഞാൻ പരമാത്മാകത്വം മാത്രം മാത്രമേ ഉള്ളൂ ഒരേ അഖണ്ഡ ബോധം ഞാൻ ഇതാ വ്യക്തമായി അനുഭവിക്കുന്നു കുഞ്ഞെ നീ ഇതനുഭവിക്കെ എന്നിട്ട് ഈ ലോകത്ത് ഉള്ളവരോടൊക്കെ പറഞ്ഞ് നടക്ക് അന്ന് മാത്രമേ നിനക്ക് മനസ്സിന് സ്വസ്ഥത പൂർണ്ണമായി കിട്ടും അല്ലെങ്കിൽ നിനക്ക് സ്വസ്ഥത കിട്ടൂല്ല എന്ന് സ്വാമി വ്യക്തമായിട്ട് പറയുന്നത് പിന്നെ ഈ ആധുനിക കാലത്തിലൊക്കെ ഞാൻ ഇന്നത്തെ മന അങ്ങയോടെ ഉത്തരിച്ചില്ലേ ആ ശ്രീനാരായണ ഗുരുദേവനും വേദാന്ത സത്യം വ്യക്തമായി സാക്ഷാത്കരിച്ചനുഭവിച്ചിരുന്ന ഒരു പരമഹംസനായിരുന്നു അദ്ദേഹം അദ്ദേഹം എന്താ പറയുന്നത് മരണവുമില്ല പുറപ്പുമില്ല വഴിവും നരസുരുമില്ല നാമരൂപം മരുവിലമർന്ന മഴീച്ചി നീരു പോലും നെൽപ്പൊരു പൊരുളാൻ ൊരു അല്ലിതോർത്തിടേണം ഇത് നല്ലത് നാം ശാസ്ത്രീയമായി ചിന്തിച്ച് മനസ്സിലാക്കണം അപ്പോൾ മാത്രമേ നമ്മളെന്തിനും ഇതൊക്കെ പറഞ്ഞു കൃഷ്ണൻ യോഗാഗ്നിയിൽ ശരീരം ദഹിപ്പിച്ച് സ്വന്തം സ്ഥിതിയിൽ തിരിച്ചു പോകും ഒരു തിരിച്ചുപോക്കില്ല സർവത്ര നിറഞ്ഞിരിക്കുന്ന വസ്തുവിനെ ഇനി എന്ത് തിരിച്ചുപോക്കലാണ് ാണ് കൃഷ്ണൻ എന്നറിയുമ്പോൾ മാത്രമേ കൃഷ്ണകഥ നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ എല്ലാം അത്ഭുതം അത്ഭുതം എന്തിനാ കൃഷ്ണകഥയിൽ ഈ അത്ഭുതങ്ങളൊക്കെ കൂട്ടിച്ചേർത്തത് ആദ്യം മുതൽ അത്ഭുതമാണ് ജനിച്ചു ജയിലിലാണ് ജനനം അത് പറഞ്ഞല്ലേ വലിയ സിദ്ധികളൊക്കെ ഉള്ള കുട്ടിയാണ് എന്താ കാര്യം ജനിച്ചതിനുടൻ തന്നെ കാവൽക്കാരുടെ വിലങ്ങുകൾ പൊട്ടിത്തെറിച്ചു ചങ്ങലയിട്ട് ബന്ധിച്ചിരുന്ന കഥകളെല്ലാം തുറന്നു എന്നിട്ട് അച്ഛനോട് പറയുക എന്നെ എടുത്ത് അങ്ങ് നന്ദ ഗോവന്റെ വീട്ടിൽ കൊണ്ടാക്കും എടുത്തുകൊണ്ട് പോയിരുന്നു മഴയൊക്കെയാണ് യമുനാഗതിയുടെ കരയിൽ ചെന്നപ്പോൾ വെള്ളം കഴിഞ്ഞു കൂടുന്നു സാരമില്ല ഇറങ്ങി നടന്നപ്പോൾ മുട്ടുവരെയുള്ളൂ വെള്ളം ഇത്രയൊക്കെ ഇത്രയൊക്കെ ആശ്ചര്യങ്ങൾ കാണിക്കാൻ കഴിവുള്ള കൃഷ്ണൻ ഈ അച്ഛനും അമ്മയും അന്ന് ജയിലിൽ നിന്ന് എന്തുകൊണ്ടാണ് മോചിപ്പിക്കാത്തതും ഉത്തരമില്ല ആശ്ചര്യം ആശ്ചര്യം കുറച്ചുകൂടെ കഴിയുന്ന കൊച്ചുകുട്ടിയാണ് പൂതന മുതലായവർ വന്ന് മുല കൂടി മാറിയിട്ടില്ലാത്ത കുട്ടി ആ കുട്ടി പാലുടിച്ച് പൂതനു കൊച്ചുകുട്ടി കൊല്ലുന്നത് ഇതൊക്കെ സാധിക്കുമോ സാർ ആ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ ഈ ജഗത്തിലെന്താ ആശ്ചര്യമല്ലാത്തത് അതൊക്കെ കഴിഞ്ഞു വത്സസ്ഥേയം അവിടെയൊക്കെ നോക്കുക ഗംഭീരം വത്സസ്ഥേയം എന്ന് വെച്ചാൽ ബ്രഹ്മാവ് കൃഷ്ണന്റെ പശുക്കളെയും ഗോവന്മാരെയും ഒക്കെ അപഹരിച്ച ഒരെടുത്ത് കൊണ്ടു വിളിച്ചു കൃഷ്ണൻ കുറച്ചു ദൂരം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാണാനില്ല അത് നോക്കിപ്പോയി ഈതാണ് കാര്യം അല്ലേ അത് സാരമില്ല പുതിയ കൃഷ്ണന്മാർ പുതിയ ഗോപന്മാർ പുതിയ ഗോപന്മാർ ഗോപികമാവ പശുക്കൾ ഒക്കെ അതുപോലെ ഉണ്ടാകുന്നു ബ്രഹ്മാവ് ഒളിച്ച ഗോപന്മാരും പശുക്കൾ ഓക്കെ വിട്ടിരിക്കുന്നു ഇവിടെ പുതിയ അതേപടി വീണ്ടും അവരെ കൊണ്ട് വീട്ടിലേക്ക് പോകുന്നു കുറെ കൂടെ കഴിഞ്ഞ് ബ്രഹ്മാവസം പരീക്ഷിക്കാൻ വന്നപ്പോ ഒരുപാട് ബ്രഹ്മാക്കൾ ബ്രഹ്മാക്കൾ അങ്ങനെ നരഞ്ഞു നിൽക്കുകയാണ് ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടു പോയി എന്നെപ്പോലുള്ള എത്ര എത്ര ബ്രഹ്മാക്കളാണ് ഇത് എന്താണ് കഥ ഏയ് അങ്ങനെയൊക്കെ സംഭവിക്കാമോ സാർ അങ്ങനെയൊക്കെ സംഭവിക്കാം എന്നുവെച്ചാൽ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഒരു സൂര്യനെ നോക്കാനായിട്ട് പോയി ഇപ്പൊ എന്താ മില്യൺ സബ് സോളാർ സിസ്റ്റംസ് എണ്ണമറ്റ സൗരഭൂഥങ്ങളാണ് ഇപ്പോഴും കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറഞ്ഞു ഈ പുതിയ ക്ഷീരപഥങ്ങൾ ഇങ്ങനെ പുതിയത് അമ്മകല പുതുതായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു ചാനൽ എം ബ്രഹ്മാണ്ടങ്ങളുള്ള ഗാലക്സീസ് മിൽക്കി വേവ്സ് ആണ് ക്ഷീരപഥങ്ങൾ മിൽക്കി വേവ്സ് എന്നൊക്കെയാണ് അതിനാധുനിക ശാസ്ത്രം പറയുന്നത് ഇതെങ്ങനെ ഇത് എവിടെ നിന്ന് ഇത് എവിടെ അവസാനിക്കും അങ്ങോട്ട് പോകും തോറും പുതിയ പുതിയത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ അടുത്ത കാലത്തൊരു ഒരു പുതിയ മിൽക്കി വേവ്സ് എത്രയോ അകലും കണ്ടുവന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നതാണ് പറയുന്നതൊക്കെ നല്ലത് പക്ഷെ ഇതെങ്ങനെ ഇത് ഇതാണ് കൃഷ്ണൻ കൃഷ്ണൻ അനേകം ബ്രഹ്മാക്കന്മാരെ ബ്രഹ്മാവിന് തന്നെ കാണിച്ചു കൊടുത്തു അപ്പോഴാണ് ബ്രഹ്മാവ് ആകെ പരിഭ്രാന്തനായിട്ട് കൃഷ്ണന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ച് ക്ഷമിക്കണം ഞാൻ ചെയ്ത് തെറ്റൊക്കെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് സ്തുതിച്ച് പഴയ ലോകന്മാരെയൊക്കെ തിരിച്ചു കൊടുത്ത് ബ്രഹ്മാവ് പോവുക കൃഷ്ണന്റെ ജീവിതം ഇങ്ങനെ പൂർണ്ണമായും അത്ഭുതകരമായ ജീവിതമായി തോന്നുമ്പോഴില്ല ജീവിതമായി എന്തിന് വ്യാസൻ ചിത്രീകരിച്ചു ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ കൃഷ്ണൻ ബ്രഹ്മ നിങ്ങൾ ഈ ലോകത്ത് എന്തിനെങ്കിലും യുക്തി കൊണ്ട് വിലയിരുത്താൻ കഴിയുമോ എന്ന് പരിശോധിച്ചു നോക്കൂ എന്തിനെങ്കിലും ആരംഭം മുതൽ ഇപ്പോ സയൻസ് സയൻസിന് ഒന്നും കുറ്റം പറയുകയല്ല ലോകഗതീതാണെന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് ഗംഭീരമായി ശാസ്ത്രം വളർത്തുക നമ്മുടെ രാജ്യം ശാസ്ത്രത്തിന്റെ കാര്യത്തിൽ മറ്റേത് രാജ്യത്തിനെയും ജയിക്കത്തക്കവണ്ണം എത്തിച്ചേരണം അതിന് സമർത്ഥന്മാരായ ശാസ്ത്രചിന്തകന്മാരെ നമ്മ കൊണ്ടുപോകാനും ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് അതിനൊന്നും ഒരു തടസ്സവും വരുത്തണ്ട പക്ഷെ ഈ വസ്തുത മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല ഇപ്പൊ എനർജിയെ അവരെത്തിയിട്ടുണ്ടല്ലോ ഒരു എനർജിയുടെ ഒരു സ്പന്ദനത്തിൽ അനന്തകോളി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങിയിരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാണാൻ പോലും കഴിയാത്ത പിതൃവീയത്തിൽ ആദ്യ വിചി മായ ശരീരം നമുക്ക് ഒരിക്കലും ഭാവന ചെയ്യാൻ കഴിയാത്ത ശരീരം അടങ്ങിയിരിക്കുന്നു ഇതെങ്ങന്നെങ്ങനെയെന്ന് ഈ ചോദ്യമുണ്ട് അതിസൂക്ഷ്മ ബോധം ബോധത്തിൽ എങ്ങനെയായി പ്രപഞ്ചം ഇങ്ങനെ കാണപ്പെടുന്നത് ഉപനിഷത്തിൽ ചാന്ദോയ് ഉപനിഷത്ത് ആറാം അധ്യായത്തിൽ മകൻ ഉന്നയിക്കുന്ന സംശയമാണ് ബോധം അതിസൂക്ഷ്മല്ലേ അതിലീ തടിച്ച പ്രപഞ്ചം ഇത് എങ്ങനെയാണ് ഉണ്ടാവുക അച്ഛൻ എന്റെ എക്സ്പെരിമെന്റൽ ആയിട്ടാണ് അച്ഛൻ പറഞ്ഞു കാടുപോലെ പടർന്ന് പങ്കരിച്ചു നിൽക്കുന്ന ഒരാള് ആശ്രമത്തിന്റെ മുമ്പിലുണ്ട് അച്ഛൻ പറഞ്ഞു അതിന് ഒരു കായ് വരെ ചൊണ്ടുവാർ ചൊണ്ടുവന്നു അതിനെ രണ്ടായിട്ട് പിള്ളർക്കും രണ്ടായിട്ട് പിള്ളർന്നു എന്തിനാണെന്നും ചെറിയ ചെറിയ തരി ഒരു തരിയെടുത്ത് രണ്ടായിട്ട് പിള്ളർക്കും വീണ്ടും വിളർന്നു ഇതിനകത്ത് നീ എന്തു കാണുന്നു യാതൊന്നും കാണുന്നില്ല പക്ഷെ നിനക്കറിയാമോ ഈ തരിയാണ് കാടുപോലെ പടർന്ന് പന്തുലിച്ചു നിൽക്കുന്ന ഈ ആൽവൃക്ഷത്തിന്റെ രൂപം കൈക്കൊമ്പത് ഇതെങ്ങനെ അതൊക്കെ ആ സെല്ല് മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ അതൊക്കെ ശരി അതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് പക്ഷെ ഇതെങ്ങനെ ഈ അദ്ഭുതകരമായ സംഭവങ്ങൾ എങ്ങനെയെന്ന് പറയാൻ പുറമേ അന്വേഷിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനും ഒരിക്കലും സാധ്യമല്ല ഇതുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് സാധ്യമല്ല അപ്പം നിങ്ങളുടെ വേദാന്തത്തിലെ ഋഷിമാർ കണ്ടിട്ടുണ്ടോ അത് അവർ കണ്ടിട്ടുണ്ട് എന്ത് കണ്ടിട്ടുണ്ട് അവരിപ്പോ പരമസത്യം സാക്ഷാത്കരിച്ചപ്പോ ഇതൊക്കെ അതിലെ വെറും മായ പ്രകടനങ്ങൾ ഇന്ദ്രിയാലം എന്ന് കണ്ടിട്ടുണ്ട് ഈ അങ്ങനെയൊക്കെ പറയുന്നതിന്റെ തെളിവുണ്ടോ ആ നമ്മള് ഇന്നലെയൊക്കെ പറഞ്ഞില്ലേ നിങ്ങൾ ദിവസവും സ്വപ്നം കാണുന്നില്ലേ ഇത് ഭരതം രഹുവളിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ പ്രപഞ്ചത്തിലുള്ള ദേശകാലങ്ങളുൾപ്പെടെ സകലത്തും നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോ അതാ പ്രത്യക്ഷപ്പെടുന്നു അപ്പൊ നിങ്ങളില്ല പുതിയൊരു സ്വപ്ന പുരുഷനും പ്രത്യക്ഷപ്പെടുന്നു െല്ലാം കാണുന്നു അനുഭവിക്കുന്നു ഗംഭീരമായി അനുഭവിക്കുമ്പോഴെല്ലാം ഉള്ളത് ഇല്ല എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല പക്ഷെ ഉണരുമ്പോൾ ഒന്നുമില്ല എല്ലാം തീർന്നു ഇതെങ്ങനെ ബോധത്തിൽ മായയ്ക്ക് ഇതൊക്കെ സാധ്യമാവും മായ ഇല്ലാത്തത് കാണിക്കുന്നു അഘടിത ഘടന സി മായ ഇല്ലാത്ത എന്തും എന്തും ഉണ്ടാക്കിക്കാണിക്കാൻ കഴിവുള്ളവളാണ് മായ ഈ മായയെ നമുക്ക് കാട്ടിത്തരാൻ വേണ്ടിയാണ് കൃഷ്ണ അവതാരത്തിൽ അവതാരം തന്നെ ഭ്രമം ഇതൊക്കെ പറയുമ്പോൾ പേടിച്ചു പോകരുത് സത്യം നമുക്ക് പിടികിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ചില പച്ച പരമാർത്ഥങ്ങൾ ധീരമായി ഉൾക്കൊള്ളാനും പക്ഷെ അതുകൊണ്ട് ഇതുക്കൊള്ളുന്നത് കൊണ്ടുള്ള ഗുണം കർമ്മം കുറയുകയോ ഒന്നുമല്ല ദുഃഖിക്കാൾ ബ്രഹ്മ ആനന്ദമനുഭവിച്ചുകൊണ്ട് ഈ കർമ്മരംഗത്ത് യുദ്ധം വരെ ചെയ്യാം എന്തൊക്കെ ഇതൊരു ഇന്ദ്രജാലമാണ് ഇവിടെ ദുഃഖിക്കാനും ധരിക്കുന്നു എന്താ സുഖം ബ്രഹ്മം ഇതാണ് സ്ഥിതി അത് മനസ്സിലാക്കാതെ പരമനായ ശാസ്ത്രീയ സത്യം ഇതിനപ്പുറം ഒരു സത്യത്തിന് ഒരു ശാസ്ത്രവും ഒരിക്കലും കണ്ടെത്താൻ പോകുന്നില്ല എന്ന് വേദാന്തത്തിന്റെ പെരുമ്പരാഘോഷം ആവർത്തിച്ച് ശ്രീശങ്കരഭവത്പാദർ പെരുമ്പറഘോഷം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ ഈ യുക്തി ഈ അത്ഭുതകരമായ ശാസ്ത്ര സത്യത്തെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ എന്താ ശാസ്ത്ര സത്യം ഘടകുട്യധികം സർവം മൃത്കാ മാത്രമേ വഹി തദ്വ്രഹ്മജത്സർവം ഇതി വേദാന്ത ഡിണ്ടിമ ഈ കൊടവും ചോരും അതും ഇതുമായി കാണുന്നതോക്കം മണ്ണു മാത്രം ഘടകുട്യാധികം സർവം മൃത്തിക മാത്രമേ വഹി തദ്വ്രഹ്മജത്സർവം ഈ കാണുന്ന ജഗത്ത് ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ബ്രഹ്മം മാത്രം ബ്രഹ്മോധ്യം തദ് ബ്രഹ്മജഗത് സർവം സംശയമുണ്ടോ ഇല്ല ഇത് വേദാന്ത ഡിന്ഡിമ ഇത് വേദാന്തത്തിന്റെ ഡിഡിമം പെരുമ്പർഘോഷം എന്നുവെച്ചാൽ ഈ യുക്തിയെ അന്യസാകരിക്കാൻ കയ്യിലുള്ള ആരുണ്ട് വരട്ടെ അഹങ്കാരം കൊണ്ടല്ല അത്രയുണ്ട് സത്യം തെളിച്ചുപോകുകയും ത്യം ജഗന്മിഥ്യ ചിലരൊക്കെ ആക്ഷേപിക്കാറുണ്ട് നിങ്ങളുടെ വേദാന്തം നിങ്ങളുടെ വേദാന്തം നിങ്ങൾക്കറിയാം എന്താ വേദാന്തം ബ്രഹ്മസത്യം ജഗന്മിഥ്യ അത് ഇതുതന്നെയാണ് വേദാന്തം ഒരു അംശയുമില്ല ആരുടെ മുമ്പിലും നല്ല ധൈര്യമായിട്ട് പറയാം ബ്രഹ്മസത്യം ജഗൻ മിഥ്യ ഈ വേദാന്തം നിങ്ങൾ അറിയൂ അറിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ ദുഃഖിച്ച് ദുഃഖിച്ച് ജീവിതം അവസാനിപ്പിക്കും ബ്രഹ്മസത്യം ജഗൻ നിത്യാ ഇതി വേദാന്തണ്ഡ്യമോ ഇങ്ങനെ എത്ര ശ്ലോകം ബ്രഹ്മജ്ഞാനാവലിമാല എന്ന് വരും അനുഷ്ഠിപ്പ വൃത്തത്തിലുള്ള ശ്ലോകങ്ങൾ ഇവിടെ പ്രൗഢാനുഭൂതി എന്ന കൃതിയിൽ അഭ വിസ്തരിച്ച് വ്യാഖ്യാനിച്ച ചരിത്രമുണ്ട് അതൊക്കെ ഒന്ന് വായിച്ച് ഈ സത്യം നല്ല ഭംഗിയായി ഉടനെ ഇപ്പൊ ഇത് പരീക്ഷിച്ചു നോക്കുക നമുക്കൊക്കെ ബുദ്ധിയുള്ളവരല്ലേ എടാ ഇതിലൊന്നും വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു സിദ്ധാന്തം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഗാഢമായി ഞാനങ്ങനെ പരീക്ഷിച്ചതാണ് വളരെ കാലമായിട്ട് വേദാന്ത തത്വങ്ങളും ഇതൊക്കെ ഗീതയും ഒക്കെ നോക്കിയിട്ട് ഈ പറയുന്നതിനൊക്കെ എതിരായിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ ചിന്തിക്കുന്ന എതിരായിട്ട് ചിന്തിക്കും തോറും ഉറക്കും അതാണ് ഈ വേദാന്ത സത്യത്തിൻ്റെ മഹത്വം ഞാൻ ഇത്രയും പറഞ്ഞത് കൃഷ്ണൻ ആ യോഗാഗ്നിൽ ദഹിച്ച് സ്വധാമത്തിലെത്തി അന്നൊക്കെ പറയുന്നത് അങ്ങനെ ആ അക്ഷരാർത്ഥത്തിൽ എടുക്കരുത് എന്തുകൊണ്ടെടുക്കരുത് ഇതാ ഒടുവിൽ ശുഖൻ പരീക്ഷത്തിനോട് പറയുന്നു രാജൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടൊന്ന് സംബോധന ചെയ്തിട്ട് അത് ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങി ഇതൊക്കെ സത്യനാണെന്ന് ഒരുപക്ഷെ പരീക്ഷിച്ച് വിചാരിക്കുന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് രാജൻ പരസ്യ തനുഭജനാഭ്യേഹിടംബന് യഥാ നടസ്യ രാജാവേ ഞാൻ ഇതൊക്കെ പറഞ്ഞു അദ്ദേഹം യോഗാഗ്നിയിൽ ജവിച്ചു സ്വധാമത്തിലേക്ക് തിരിച്ചുപോയി ശിശൊന്നു അങ്ങനെ വിശ്വസിച്ചേക്കരുത് എന്താ കാര്യം അത് ശരിപ്പെടില്ല അങ്ങനെ വിശ്വസിച്ചാൽ ശരിപ്പെടില്ല പിന്നെന്താ രാജൻ പരസ്യ പരമകാരണമായ കൃഷ്ണൻ ബ്രഹ്മം പരസ്യം എന്ന് പറഞ്ഞാൽ ഈ പരശബ്ദം രാമായണമൊക്കെ വായിക്കുന്നിടത്ത് എപ്പോഴും എഴുത്തച്ഛൻ ആവർത്തിക്കും പരമച്ഛ പ്രപഞ്ചത്തിന്റെ പരമകാരണമായ കൃഷ്ണൻ പരസ്യ തനുഭൃ അന്ന് വിചാരി അദ്ദേഹം ജനിച്ചു കുറച്ചുനാൾ അങ്ങനെ ഇതൊക്കെ കാണിച്ചു ഒടുവിൽ ശരീരം ഉപേക്ഷിച്ചു തനുഭൃജനാപ്രേഹാഹ ഇതൊക്കെ സത്യമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ മായാവിഡംബനം എന്ന് വെച്ചാൽ എന്തർത്ഥം മായയിൽ തോന്നുന്ന ഭ്രമം ഇന്ദ്രജാലം ഒരാജാലികൻ അതിഗംഭീരമായി ഇന്ദ്രജാല ദൃശ്യങ്ങൾ കാണിക്കുന്നു ഒരൊറ്റ പരിശീലനം കൂടില്ല ഈ ആരജാലിയൻ മാത്രം ബാക്കിയൊക്കെ ആ കാണട്ടെ മറ്റുള്ളവർ കാണട്ടെ എന്ന് തോന്നി കാണുന്നു അത്രയുള്ളൂ അതാണ് മായാവിഡംബനം വിടംബനം ഭ്രമം മായ കൊണ്ടു തോന്നുന്നവരും ഭ്രമം രവൻ പരസ്യതനുഭജ്ജനാപ്യേ ഹാഹ മായാവിഡംബനാവേഹി എന്ന് നല്ലവണ്ണം ധരിച്ചുള്ളൂ യഥാ നടസ്യ എങ്ങനെയാണോ ഒരു നടൻ വേഷം കെട്ടി ഗംഭീരമായി കഥാപാത്രം അഭിനയിക്കുന്നത് അതുപോലെ കഥാപാത്രത്തിൻ്റെ കണിക പോലുമില്ല നടനല്ലാതെ നേരത്തെ നടനെ ഉണ്ടായിരുന്നുള്ളൂ വേഷം കെട്ടി കഴിക്കും കളിക്കുമ്പോഴും നടനേ ഉള്ളൂ വേഷം അഴിച്ചു വച്ചാലും നടനേ ഉള്ളൂ കഥാപാത്രത്തിൻ്റെ കണിക പോലുമില്ല ഇവിടെ അത്രയുള്ളൂ ഇവിടെ പരമാത്മാവ് മാത്രമേ ഉള്ളൂ അല്ലാതെ അണുപോലും മറ്റൊന്നുമില്ല വിടംബനമവേഹിയത നടസ്യ അദ്ദേഹം സ്വന്തം സ്വരൂപത്തിൽ നിന്ന് തന്നെ ഈ പ്രപഞ്ചം ഉള്ളതുപോലെ തോന്നിച്ചു അതിൽ തന്നെ നിലനിർത്തി ഒടുവിൽ അത് അഴിച്ച് വെച്ച് കളി അവസാനിപ്പിച്ചു മയാവിടംബനമവേഹിയത നടസ്യ ഇതാണ് പരീക്ഷിത്ത് പരീക്ഷിച്ചതിനോടൊടുവിൽ ശിവൻ പറയുന്നത് എന്തിന് ഇത്രയും പറഞ്ഞിട്ട് അത് പറഞ്ഞു നിങ്ങൾ സത്യമന്വേഷിച്ചു അല്ലാതെ ഈ കഥകളിൽ മാത്രം അപ്പടി വിശ്വസിച്ച് ഭഗവാൻ എന്താ ചെയ്ത് സൃഷ്ടാത്മനേതം സ്വന്തം സ്വരൂപത്തിൽ നിന്നും ഇതൊക്കെ തോന്നിച്ചു ഇന്ദ്രകാലം സൃഷ്ടാത്മനേലും അനുവിശ്യ വിഹൃത്യ എന്നിട്ട് അതിൽ കടന്നു നിന്ന് ഈ കളികളൊക്കെ കണിച്ചു ഒടുവിൽ സംഹൃത്യ അതിനെല്ലാം തിരിച്ച് സംഹരിച്ച് ആത്മമഹിമോപരമാ തന്റെ ആ മഹത്വമായ സർവത്ര നിറഞ്ഞ് നിൽക്കുന്ന സ്വരൂപത്തിൽ അതാ രമിച്ച് നിൽക്കുന്നു അല്ലാതെ ഇവിടെ ഇതൊന്നും യഥാർത്ഥത്തിൽ അങ് കരുതരുത് എന്ന് പറഞ്ഞാണ് ഈ കൃഷ്ണ സ്വധാന ഗമനം ഉപസംഹരിക്കുന്നത് ഞാൻ ഇത്രയും പറഞ്ഞത് കൃഷ്ണചരിതത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് പല പല തൻ്റെ ഉണ്ട് ഒക്കെ അത്ഭുതങ്ങൾ ഏർ വ്യാസനാര് എല്ലാം അറിഞ്ഞുകൊണ്ട് വായിച്ചിട്ടെങ്കിലും എന്തിനായി വ്യാസനിങ്ങനെയൊക്കെ എഴുതിയത് നമുക്ക് ഈ സത്യമൊന്നന്വേഷിക്കണം ഈ കഥയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാ പേജിലും ഭാഗവതത്തിൽ സത്യം പറയും പരമസത്യം ഇതാണ് ഇതാണ് സ്തുതികളിലൂടെയും മറ്റു കലകളിലൂടെയും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഭാഗവതം ഇതുപോലെ ഇത്ര ഈ പരമാത്മതത്വം ആവർത്തിച്ച് പരിപാലിക്കുന്ന മറ്റൊരു പുസ്തകം ഇല്ല അതാണല്ലോ നാരദൻ തന്നെ പറയുന്നത് പൂർണ്ണമായും ഈശ്വരനെ ഉള്ളൂ എന്ന് എല്ലാ പേരിലും എല്ലായിടത്തും പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം നീ പുതുതായിട്ട് എഴുതു അന്ന് മാത്രമേ നിനക്ക് മനസ്സിന് സ്വസ്ഥത കിട്ടൂ എന്ന് നാരകൻ ഭാഗവത രചന സന്ദർഭത്തിൽ പറഞ്ഞത് ഈ ഭാഗവതത്തിൽ അന്വർത്ഥമായിട്ടുള്ളൂ യാതൊരു സംശയവും വേണ്ട ഇതാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വധാമ ഗമനം നമ്മൾ ഈ ഈ ഭാഗവത ജ്ഞാന യജ്ഞം നാളെ അവസാനിക്കുകയാണ് നാളെ അഞ്ചുമണിക്ക് തുടങ്ങും ഇവിടെ വരും ഈ യജ്ഞപ്രസാദ വിതരണമുണ്ട് ഞാൻ ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പലരും എന്നോടൊന്ന് ചോദിച്ചു സാറ് ദക്ഷിണയെ കുറിച്ച് സാറ് പറയണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ സാർ ഇത് ഇവരെ ആരോ ദക്ഷിണെന്നും അങ്ങനെ വാങ്ങിച്ചതായിട്ട് അറിവില്ലല്ലോ അപ്പൊ അത് വേറെ ആരെയെങ്കിലും കൊണ്ട് ഇതൊക്കെ പറഞ്ഞ അങ് ഇതൊക്കെ പറഞ്ഞപ്പോൾ ആളുകൾക്ക് തെറ്റിദ്ധാരണ വരില്ലേ ഇതുവരെ ദക്ഷിണയൊന്നും ചോദിക്കാത്ത ആളിന് ഇപ്പൊ വയസ്സായപ്പോ സ്വൽപ്പം ദക്ഷിണ കെട്ടിയാക്കുക എന്നൊരു താല്പര്യം വന്നിട്ടുന്നു അത് ഞാനവരോട് പറഞ്ഞു അങ്ങനെയല്ല എനിക്ക് പറയാൻ പാടില്ലാത്ത ഒരു കാര്യം ഞാൻ വേറെ ഒരാളെ കൊണ്ട് പറയുമ്പോൾ അത് കൂടുതൽ ഞാൻ കുഴപ്പക്കാരനാക്കുകയല്ലേ എന്ന് വെച്ചാൽ ഈ തള്ളക്കുരങ്ങ് ചൂട് ചോറ് കുഞ്ഞു നിറങ്ങിനെ കൊണ്ടുപോകും ഉറപ്പ് എടുക്കുന്നത് സമ്പ്രദായ ഞാൻ പറഞ്ഞു ഇവിടെ അങ്ങനെയൊന്നുമില്ല ഒരു കുഴപ്പവും ഇവിടില്ല ഈ യജ്ഞം അത്ഭുതകരമായ ഒരു ഈശ്വര നിശ്ചയമായി യാദൃച്ഛികമായി സംഭവിച്ചതാണ് എന്റെ കാര്യത്തിലാണെങ്കിൽ അല്പ ദിവസങ്ങൾക്ക് മുൻപ് ഈ ശരീരം പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിൽ എത്തിയതാണ് ഓരോ ബുദ്ധിമുട്ടുമില്ലായിരുന്നു ആ ഇത് ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർന്നിരിക്കുന്നു ഇനി ഇവിടെ ഇതുകൊണ്ട് ചെയ്യാനോ എന്തെങ്കിലും നേടാനോ യാതൊന്നും ഇല്ലെന്ന നല്ല ഉറപ്പുണ്ട് അപ്പോൾ ശരീരം വിടാൻ അത്യന്തം സന്തുഷ്ടനായി ഞാൻ അന്ന് തയ്യാറായതാണ് പക്ഷേ ഭഗവാൻ സമ്മതിച്ചില്ല എന്തോ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം നടക്കട്ടെ വീണ്ടും സ്വല്പായോഗത്തു തിരിച്ചുകൊണ്ടുവന്നു അപ്പൊ എൻ്റെ ശരീരസ്ഥിതി അന്വേഷിക്കാനായിട്ട് ചില സുഹൃത്തുക്കൾ വീട്ടിലെത്തി വീട്ടിലെത്തിയവർ പറഞ്ഞു സാറ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഒരു പ്രഭാഷണമൊക്കെ ഇനി സംഘടിപ്പിച്ചാലോ ഞാൻ പറഞ്ഞ ആളുടെ ഒരു വിരോധവുമില്ല ഈ ശരീരത്തിന് ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇത് പറയുക വേറെ യാതൊന്നും ചെയ്യാനില്ല എന്നെ ഇത് വീഴുന്നെങ്കിൽ സന്തോഷം ഒരു കുഴപ്പമില്ല നിങ്ങൾക്കെങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഉടനെ ഒരു ഭാഗവത ജ്ഞാന യജ്ഞം തന്നെ സംഘടിപ്പിക്കാൻ പത്ത് പതിനഞ്ച് ദിവസം നടക്കട്ടെ അപ്പോൾ അവരാലോചിച്ചു അവരൊക്കെ കൂടെ നാലഞ്ചു പേര് ഇവിടെ ഒക്കെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അതാണ് നാലഞ്ചു പേർ അതിന് തയ്യാറായി ആലോചിച്ചു ആലോചിച്ചപ്പോൾ ഇതിന് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തെ യജ്ഞമാണെങ്കിൽ കുറച്ച് ചിലവൊക്കെ വരും അവർ പറഞ്ഞു ഞങ്ങൾ എഴുക്കാം ഞങ്ങൾ എല്ലാവരും കൂടെ പരസ്പരം വീഴിച്ചെടുത്തോളാം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും അത് സത്യമല്ല കാരണം നിങ്ങൾ ഓരോരുത്തരോട് പോറച്ച് വലിയ തുക എഴുതേണ്ടി വരും നമുക്ക് നമ്മുടെ ഇത് കേൾക്കാൻ വരുന്ന ആളുകളോട് എന്തുകൊണ്ട് പാടില്ല നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാൻ ഒരു ഒരു ചെറിയ തുക ദക്ഷിണയായിട്ട് കൊത്തുന്നു കുറച്ച് പൈസ അവരിൽ നിന്ന് വാങ്ങാം അത് തികയാതെ വരുന്നെങ്കിൽ പിന്നെ നമുക്കെടുക്കാം എന്തായാലും അങ്ങനെ ഈ യജ്ഞം യാദശ്യമായിട്ട് ആരംഭിച്ചു ഉടൻ തന്നെ പിന്നെ പിറ്റേഴ്സാക്കിയില്ല അവർ ഉടൻ തന്നെ ഇതിനുള്ള ഏർപ്പാടുകളായി ഓടി വന്നു ഇവിടെ നിന്ന് അഭയാനന്ദ തീർത്ഥസ്വാമികളോട് ഈ ഹാള് വേണമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അടുത്ത മണിക്കൂറിന് മാറ്റിവെച്ചില്ലേ ഒരു തുടങ്ങുന്നതിന് രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് അത്രയേ ഉള്ളൂ അപ്പൊ അദ്ദേഹമാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പരിപാടികളും മാറ്റിവെച്ച് അദ്ദേഹം തന്നെ ഈ ഈ ഹാള് ഈ പതിനഞ്ച് ദിവസത്തേക്ക് നമുക്ക് തരാവുന്ന പൂർണമായി ഏർപ്പാട് ചെയ്തു അങ്ങനെ ഇതാരംഭിച്ചു ആരംഭിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് തികച്ചൊരു ഒരു ഈശ്വര നിശ്ചയമായിരുന്നു കാരണം ഈ യജ്ഞത്തിന് ഏറ്റവും വലിയ പ്രചോദനമായത് ജിജ്ഞാസുക്കളായി നിങ്ങൾ ഇത്ര പേരും ദിവസം തോറും സംഖ്യ കൂടിക്കൂടി വരുന്ന രീതിയിൽ ഇവിടെ എത്തിയതാണ് ഏറ്റവും വലിയ പ്രചോദനമായത് അതെന്ന് വെച്ചാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പച്ചവേദാന്തം വേദാന്തം പറയുന്നിടത്ത് ഇങ്ങനെ ആളുകൾ വന്ന് ശുദ്ധമായി കേട്ടുകൊണ്ടിരിക്കും എന്ന് അപ്പോഴാണ് ഇവിടെ പലരും അന്വേഷിച്ചു എന്താണ് ഇത് ഏത് സംഘടനയാണ് നടത്തുന്നത് ഇതിനുള്ള ചിലവൊക്കെ ആര് വഹിക്കുന്നു ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അവ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഇതൊരു നാലഞ്ച് പേര് വാസ്തവത്തിൽ തികച്ചും നിസ്വാർത്ഥമായി എന്ന് ഞാൻ പറഞ്ഞാൽ ഇതിൽ ഈ ബിസിനസ് മൈൻഡ് എന്ന് പറയുള്ളു അതിൻ്റെ കണിക പോലുമില്ല ഇവിടെ ഈ പുസ്തകം വയ്ക്കുന്നു കാസറ്റ് വയ്ക്കുന്നു ഇതായി കാസറ്റൊക്കെ തയ്യാറാക്കുന്ന ഈ മൈക്കൊക്കെ എടുക്കുന്ന രണ്ട് കുട്ടികൾ എനിക്ക് അവരെ കണ്ടിട്ട് കുട്ടികളൊന്നേ വരാൻ തോന്നുന്നുള്ളൂ അവരിത്ര നിസ്വാർത്ഥമായും ത്യാഗപൂർണമായും ആ കുട്ടികൾ ഇവിടെ ഇത് ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതകരമാണ് അവരെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ വലിയ പ്രായമൊന്നുമില്ല അതുപോലെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും മറ്റൊരു തരത്തിലും ഇതിൽ ഞാൻ ഈ പറഞ്ഞ ആ ഒരു ചിന്തയുടെ കണിത പോകുന്നില്ല അങ്ങനെ അത്ഭുതം തികച്ചൊരു ഈശ്വര നിശ്ചയം പെട്ടെന്ന് രൂപപ്പെട്ടതാണ് ഈ യജ്ഞം അത്യധികം സന്തോഷമുണ്ട് നിങ്ങൾക്ക് ഇവിടെ വരുന്ന ഈ പത്ത് ഭഗവാനഞ്ച് ദിവസം ഇത് കേൾക്കാൻ ഇങ്ങനെ വന്നതും സ്വയം മറന്ന് ആ ഭഗവത് കാര്യം പറയാൻ അവസരം ലഭിച്ചതിലുമൊക്കെ അത്യധികം സന്തോഷമുണ്ട് നാളെ അഞ്ചു മണിക്ക് നമ്മൾ ഇവിടെ എത്തും ഒക്കെ ഭഗവാൻ ഭംഗിയായി പരിവസാനിപ്പിക്കും അത്യധികം ഇതിൽ ഇതിൻ്റെ പേടയ്ക്ക് വച്ച് കുറവോ കൂടുതലോ എന്തുണ്ടായാലും ഇത് നടത്തുന്നവർക്ക് യാതൊരു കുണ്ഠിതവുമില്ല യാതൊരു കുണ്ഠിതവും അത്യന്തം സന്തോഷത്തോടു കൂടി നമുക്കിവിടെ നിന്ന് നാളെ അതൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു പോകാം ആ പ്രസാദ വിതരണവും കഴിഞ്ഞ് ഭാഗവത മഹത്വവും കുറച്ചു നേരം ചർച്ച ചെയ്ത് നമുക്കൊക്കെ ആനന്ദത്തിൽ മുഴുകി ഇവിടെ നിന്നും പിരിഞ്ഞു പോകാം ഭഗവാൻ അതിനനുഗ്രഹിക്കട്ടെ ലോക സമസ്തസുഖിനോ ഭവത്വ ഭാഗവത്താൽ മഹത്വം അതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളത് തന്നെയാണ് ചർച്ച ചെയ്തത് ഭാഗവത്താൽ മഹത്വം അതാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മളത് തന്നെയാണ് ചർച്ച ചെയ്തത് അതുകൊണ്ട് ഈ വിഷയം വളരെ ദീർഘമായി ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഭാഗവതം തന്നെ ഭാഗവതത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ ഒന്നോ രണ്ടോ ശ്ലോകം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ ചർച്ച അവസാനിപ്പിക്കാം ശ്രീമദ്ഭാഗവതം പുരാണമലം യൈഷ്ണവാം പ്രിയം യൻ ജ്ഞാനവിരാഗക്തിസഹിതം നൈഷ്കരുമ്യമാവിഷ്കൃതം തത് ശൃൻ വിപഠൻ വിചാരണപരോ ഭക് വിമുച്ചേ നരാ ശ്രീമദ്ഭാഗവതം പുരാണമലം വളരെ പരിശുദ്ധമായ പരിശുദ്ധമായ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടല്ലോ വ്യാസൻ ഭാഗവ ഭാരതത്തിൽ സർവത്ര ഈശ്വരനെ എടുത്തുകാട്ടിയില്ല അതും അസ്വസ്ഥനായി അങ്ങനെയാണ് ഭാഗവതം അതിൽ സർവത്ര ഞാൻ വായിച്ചു നോക്കിയേ ഭാഗവതം ഓരോ പേജിലും ഏതെങ്കിലും സ്തുതിയുടെ രൂപത്തിലോ മറ്റേതെങ്കിലും രൂപത്തിലോ ബ്രഹ്മകാര്യം ഈശ്വരകാര്യം പ്രതിപാദിക്കാത്ത പേജുകൾ ഭാഗവതത്തിലില്ല അപ്പൊ വളരെ സത്യം എല്ലാം ഈശ്വരമയം എന്നാവർത്തിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഭാഗവതം അതുകൊണ്ടാണ് ശ്രീമദ്ഭാഗവതം പുരാണമല്ലം വൈഷ്ണവാനാം പ്രിയം വൈഷ്ണവന്മാർക്ക് വളരെ പ്രിയമുള്ളതാണ് പക്ഷേ വൈഷ്ണവന്മാർ നിറഞ്ഞ വിഷ്ണു എന്നും നിറഞ്ഞിരിക്കുന്ന നാരായണൻ സ്വാമിജി പറഞ്ഞതുപോലെ എന്നും നിറഞ്ഞിരിക്കുന്ന നാരായണൻ വൈഷ്ണവാനാം പ്രിയം യസ്മിൻ വിരാഗക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം ആണ് ഭാഗവതം ഭാഗവതത്തെക്കുറിച്ച് പറയുന്നത് അതിൽ ജ്ഞാനവിരാഗക്തിസഹിതം ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയുമൊക്കെ നൈഷ്കർമ്മ്യം നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ തീർച്ചയായും മാർഗവും ലക്ഷ്യവും തമ്മിൽ കൂട്ടിക്കൊളിക്കാതിരുന്നാൽ യാതൊരു അഭിപ്രായ േദവുമില്ല ജ്ഞാനം വേണം ഞാനെന്നുവെച്ചാൽ സിദ്ധാന്തപരമായ അറിവ് എന്താണ് സത്യം എന്ന് സിദ്ധാന്തപരമായി ബോധവാൻ സത്യം അത് എന്ന നാരായണൻ അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു അത് നമ്മുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു ഞാൻ ഞാൻ എന്നിങ്ങനെ എപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ സിദ്ധാന്തപരവുമായി ആ സത്യം അറിയണം എന്നിട്ട് വൈരാഗ്യവും ഭക്തിയും ഉൾക്കൊണ്ട് ആ സിദ്ധാന്തപരമായ അറിവിനെ അനുഭവമാക്കി മാറ്റണം അതാണ് നൈഷ്കർമ്മം നൈഷ്കർമ്മ്യ അനുഭവം എസ്മിൻ ജ്ഞാന വിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം ഈ നൈഷ്കർമ്മ്യം ഭാഗവതത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു അത് പ്രതിപാദിക്കാനാണ് ഭാഗവതം എന്നാണ് ഭാഗവത്വം തന്നെ പറയുന്നത് ഈ നൈഷ്കരണ്യം തന്നെയാണ് അവസാനം ഗീത നമ്മൾ പഠിപ്പിക്കുന്ന കൊണ്ടെത്തിക്കുന്ന ലക്ഷ്യം ഗീത വ്യക്തമായിട്ട് പറയുന്നു ചുരുക്കത്തിൽ അസത്യബുദ്ധി സർവത്ര സർവത്ര അസത്യബുദ്ധി മനസ്സ് സ്വാമിജി മാർ പറഞ്ഞതുപോലെ പുറമേയുള്ള വിഷയങ്ങളിൽ ചെന്ന് സംഘപ്പെടരുത് സംഘപ്പെടുന്നില്ലെങ്കിൽ അസക്തബുദ്ധി സർവത്ര സർവത്ര തന്റെ ശരീരം ഉൾപ്പെടെ ഒന്നുമില്ല അതൊക്കെ ഇരുന്നോട്ടെ അവർക്ക് എന്റേതാണ് നിന്റേതാണ് എന്ന് പറഞ്ഞ് അവയിലൊന്നും കയറി ഒട്ടിപ്പിടിക്കാതെ അവയൊക്കെ കൈകാര്യം ചെയ്യുക നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാ ജടവസ്തുക്കളെയും അതുമായിട്ട് ഒട്ടിപ്പിടിക്കാതെ കൈകാര്യം ചെയ്യുക അസക്തബുദ്ധി സർവത്ര ജീതാത്മാ മനസ്സിനെ ജയിക്കണം എങ്ങനെയാണ് മനസ്സിനെ ജയിക്കുന്നത് വിഷയങ്ങളെ ഒന്നും മനസ്സുകൊണ്ട് കാണരുത് എല്ലാം നാരായണ മയം യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ യാതൊന്നു ചെയ്തതത് നാരായണ അർച്ചന ഇത് ഉറപ്പായിരുന്നു യാതൊന്നു കേട്ടതത് നാരായണ ശബ്ദം ഇത് ഉറപ്പുവരുമോ മനസ്സ് ജയിക്കപ്പെട്ടു വേറെ മനസ്സിനെ കർക്കശമായിട്ട് പിടിച്ച് ിച്ച് ജയിക്കാനൊക്കെ ക്ഷമിച്ച എളുപ്പമില്ല അതും വേണമെങ്കിൽ കുറച്ചൊക്കെ ആയിക്കോളുക പക്ഷേ ജിതാത്മാ അസത്യബുദ്ധി സർവത്ര ജിതാത്മാ വിഗതപൃഹ ലൗകികമായ ഒരാഗ്രഹവും ഇല്ല വരുന്നത് വന്നോട്ടെ നിർബന്ധമില്ല ലൗകികമായ ഓരോ ആഗ്രഹത്തിലും നിർബന്ധമില്ല കാരണം നിർബന്ധം പിടിച്ചാൽ ആ ആഗ്രഹം ജീവിതത്തിൽ അടിഞ്ഞുകൂടും മരണസമയത്ത് പോലും വിട്ടുപോയില്ല അപ്പൊ ആഗ്രഹത്തിൽ വീണ്ടും വീണ്ടും ജനിക്കണം അതൊക്കെ മാറ്റി നിർത്തിയിട്ടിവിടെ ഭഗവാനേ ഉള്ളു എന്ന നല്ലോണ്ണം ഉറപ്പിച്ചുകൊണ്ട് വിഗതസ്പൃഹ ഇത്രയുമായാൽ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേന അധിക ഇതാണ് ഗീത ഈ നൈഷ്കർമ്മ്യ സിദ്ധിയാണ് ഭാഗവതത്തിലും നൈഷ്കർമ്മശുദ്ധിം പരമാ എത്തേണ്ട ലക്ഷ്യം നൈഷ്കർമ്മശുദ്ധിയാണ് ചർമ്മം ചെയ്താലും ചെയ്തില്ലെങ്കിലും കർമ്മം ലേശം പോലും സ്പർശിക്കാത്ത ഒരു സത്യമാണ് നമ്മളെന്നറിഞ്ഞ് ആ സത്യത്തെ കർമ്മം കൊണ്ട് കലുഷമാക്കാതിരിക്കുക കർമ്മഫലത്തെ ചിന്തിക്കുമ്പോ രാഗവും ദ്വേഷവും കേറിവരും അതാണ് ഈ സത്യത്തെ കലുഷമാക്കുന്ന കർമ്മം കൊണ്ട് കലുഷമാക്കുന്ന പ്രക്രിയ അതിലുറ്റിട്ട് വിഗതസ്പൃഹ നൈഷ്കരണശിദ്ധ്യം പരമാം സന്യാസേന അധികച്ചതി സന്യാസം എന്ന് വെച്ചാൽ ഫലേച്ഛ കൂടാത്ത കർമ്മം ചെയ്ത് കർമ്മഫലമെല്ലാം വിടുന്നു മനസ്സുകൊണ്ട് വരുന്നതൊക്കെ നമ്മൾ ഭുജിക്കുന്നു പക്ഷേ അതുകൊണ്ട് ആ ഫലേച്ഛ നിലനിർത്തണമെന്നില്ല അനുഭവിച്ചു ബ്രഹ്മം ഒക്കെ ഈശ്വരൻ അനുഭവിക്കുന്നതും അനുഭവിക്കാത്തതും ഒക്കെ ചേരീശ്വരൻ എന്ന് മനസ്സിനെ ഉറപ്പിച്ച് അതാണ് ജിതാത്മത്വം ജിതാത്മാ വിഗതപൃഹ നൈഷ്കർമ്മ്യസിദ്ധിയും പരമാം സന്യാസേന അധിക ഈ നൈഷ്കർമ്മ്യസിദ്ധിയാണ് ഭാഗവതം നമുക്ക് കാട്ടിത്തരുന്നത് ആ നൈഷ്കർമ്മസിദ്ധിയെ ചുരുക്കത്തിൽ ഭഗവാൻ വീണ്ടും പറയുന്നു അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്ച നിർമ്മമശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പത്തെ നിങ്ങൾക്കിത്രയും ഉപേക്ഷിക്കാമോ ഇത് ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ മനുഷ്യനാണോ അഹങ്കാരം ബലം ഓ ജ്ഞാൻ ആരെയവർത്തുകളെയും ദർപ്പം എന്നെ കവിഞ്ഞ ആരുമില്ല അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം ഇത് വിട്ടൂടെ ഇത് വിടാനൊക്കില്ല ആത്മസുഖം അനുഭവിക്കുകയും വേണം എങ്ങനെയാണ് സാധിക്കുന്നത് കാമം ക്രോധം പരിഗ്രഹം പരിഗ്രഹം എന്ന് എന്തും സ്വീകരിക്കാനുള്ള വാഞ്ച അതും പേരും പെരുമയും ഒക്കെ ഉണ്ടാക്കാനുള്ള അതിരുകവിഞ്ഞ വാഞ്ച അതും വിടൂ ഒക്കെ ഭഗവാൻ ന്യായമായി തരുന്നതൊക്കെ നമുക്ക് അനുഭവിക്കാം അങ്ങനെ അഹങ്കാരം ചെയ് നൈഷ്കർമ്മ്യസിദ്ധി അനുഭവിക്കാൻ ഇത്രയുണ്ടു ഇത്രയും ചെയ്യാമോ നൈഷ്കർമ്മ്യസിദ്ധി ബ്രഹ്മാനുഭവം കർമ്മമില്ലാത്ത ബ്രഹ്മത്തിന്റെ അനുഭവം അതാണ് നൈഷ്കർമ്മ്യസിദ്ധി അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്ച ഇതൊക്കെ വിടും നർമ്മമ ഒന്നിനോടും എന്റേതെന്ന ചിന്തയില്ല എന്തിനാണ് ഈ എന്റേതെന്ന ചിന്ത എത്ര നേരം ഇരിക്കും അത് ഏത് നിമിഷവും ശരീരം പോലും വിട്ടുപോവാം അപ്പൊ ഒക്കെ ഈശ്വരന്റേത് അത് ഉറപ്പിച്ചാൽ മതി നമ്മുടെ ശരീരം ഉൾപ്പെടെ എല്ലാം ഭഗവാൻ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഭഗവാന്റെത് എന്നെങ്കിലും ഉറപ്പിക്കുക നൈഷ്കരം അസിദ്ധി പരമം ഇത്രയുമായാൽ അഹങ്കാരം ബലം ദർപ്പം കാണം ക്രോധം പരിഗ്രഹം വിമുച്ച ശാന്തോ ശാന്തനായാൽ ബ്രഹ്മഭൂയായ കൽപ്പത്തേ ആ ആൾ മിക്കവാറും ബ്രഹ്മമായി തീരുന്നു ഇതാണ് നൈഷ്കർമ്മ്യ സുദ്ധി ബ്രഹ്മഭൂയായ കൽപ്പത്തെ ഓഹോ അങ്ങനെ ബ്രഹ്മമായി തീർന്നാൽ ബ്രഹ്മഭൂത പ്രസന്നാത്മാ ആ ബ്രഹ്മമായാൽ പിന്നെ എന്താ സംഭവിക്കുക ഈ ലോകത്തെന്തൊക്കെ സംഭവിച്ചാലും പ്രസന്നാത്മാ ബ്രഹ്മഭൂത പ്രസന്നാത്മ ഇതൊക്കെ നമുക്ക് പറ്റില്ലേ ബ്രഹ്മാനുഭവം ഇത്രയേ ഉള്ളൂ അല്ലാതെ അങ്ങ് ഒരുപാട് ദൂരെ പോയി എന്തൊക്കെയോ നേടാനൊന്നുമില്ല മനസ്സിന്റെ ഈ വൈകൃതങ്ങളൊന്ന് മാറ്റിയിട്ട് എപ്പോഴും സന്തുഷ്ടൻ പ്രസന്നൻ ബ്രഹ്മഭൂതപ്രസന്നാത്മാശോചതി നക്കാംക്ഷത്തിയെ അദ്ദേഹം ദുഃഖിക്കുന്നില്ല അദ്ദേഹം വിശേഷത്തൊന്നും ആഗ്രഹിക്കുന്നില്ല നശോചതി നക്കാംക്ഷത്തിയെ ബ്രഹ്മഭൂത പ്രസന്നാത്മാ നശോചതി നക്കാക്ഷത്തി സമസർവേഷു ഭൂതേഷു സകല പ്രപഞ്ചദൃശ്യങ്ങളിലും സമൻ ച ബ്രഹ്മത്ത കാർന്നു അമീപമുകൾ സൂര്യചന്ദ്രന്മാർ വരെയുള്ള എന്തിലും സമഭാവന ബ്രഹ്മാനുഭവം സമസർവേഷു ഭൂതേഷു മദ്ഭക്തി ലഭത്തെ പരാം ഇത്രയുമാവുമ്പോഴാണ് ഒരാൾ ശരിക്കുള്ള ഭക്തിയിലെത്തിച്ചേരുന്നത് എന്നാണ് കൃഷ്ണൻ പറയുന്നത് മദ്ഭക്തി ലഭത്തെ പരാം അപ്പോ ഈ നൈഷ്കരും നസിത്തി തന്നെയാണ് ഭാഗവതവും ലക്ഷ്യമാക്കുന്ന കാര്യം ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഭാഗവതത്തിൽ വേറെ എന്തൊക്കെയാണെന്ന് ചിന്തിച്ചാൽ നമുക്ക് ഭാഗവതം കാട്ടിത്തരാൻ ആഗ്രഹിക്കുന്ന സത്യം നമ്മ വിട്ട് അകന്നു പോകും യസ്മിൻ ജ്ഞാനവിരാഗക്തിസഹിതം നൈഷ്കർമ്മ്യമാവ് ആവിഷ്കൃതം യജ്ഞാത്വ അത് അറിയുക യജ്ഞാത്വ വിപഠൻ വിപഠൻ അത് പഠിക്കുക വിചാരപരോ എന്നിട്ട് സത്യം ശാസ്ത്രീയമായി വിചാരം ചെയ്ത് നോക്കുക വിചാരപരോ പുരുഷ മുച്ചാ നിശ്ചയമായിട്ടും അവൻ ഈ ദുഃഖത്തിൽ നിന്നും മോചിക്കും മുച്ചയാന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എവിടെ പോയി മോക്ഷം കിട്ടുന്നൊന്നുമല്ലേ ഇവിടെ വച്ച് ഇവിടെ വച്ച് എല്ലാ ദുഃഖത്തിൽ നിന്നും അവൻ മോചിക്കാൻ കഴിയും വീണ്ടും ഭാഗവതം പറയുന്നു എന്താ ഭാഗവതം സർവവേദാന്തസാരം വേദാന്ത ഉപനിഷത്ത് ഉപനിഷത്തുക്കളുടെ സാരം മുഴുവൻ സംഗ്രഹിച്ചിരിക്കുന്ന പുസ്തകമാണ് ഭാഗവതം സർവവേദാന്താരം യത്ത് സർവവേദാന്താരം യത്ത് ബ്രഹ്മാത്മേകത്വലക്ഷണം ഇതിനേക്കാൾ യുദ്ധമായിട്ട് ബ്രഹ്മവും ആത്മാവും ഒന്ന് ഈ ജീവാത്മാവും ബ്രഹ്മവും ഒന്ന് എന്നാവർത്തിച്ചാവർത്തിച്ചു പറയുന്ന പുസ്തകം സർവ വേദാന്തസാരം യ്രഹ്മാത്മൈകത്വലക്ഷണം വസ്ത്വിതീയം ഉള്ള വരാണ്ടുണ്ടോ ഇല്ല വസ്ത്വദ്വിതീയം കൈകളിൽ ലൈക പ്രയോജനം ഈശ്വര ഭാഗത്തിന് ഒരേ കൈവല്യം ച ഞാൻ മാത്രമേ ഉള്ളൂ ഈ തത്വമൊക്കെ സാക്ഷാത്കരിച്ചിട്ട് ഞാനേ ഉള്ളൂടെ വിവേകാനന്ദ സ്വാമിയൊക്കെ കൂടി പറയുമ്പോൾ പോലെ ധർമ്മമില്ല അധർമ്മമില്ല ഞാനില്ല നീയില്ല പ്രപഞ്ചമില്ല ഞാൻ മാത്രം അങ്ങനെയുള്ള ഞാൻ ആ ഞാനേ ഉള്ളൂ കൈവൽ ലൈത പ്രയോജനം ഇതാണ് ഭാഗവതം ആവർത്തിച്ചത് മരണം ചെയ്ത നമുക്ക് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഈ ഭാഗവത പ്രഭാഷണത്തിൽ കഴിയാൻ അവസരം ലഭിച്ചത് ഒരു തീർച്ചയായിട്ടും ഈശ്വരന്റെ അതിരറ്റ ഒരു അനുഗ്രഹം തന്നെയാണ് ഇവിടെ ഇതൊരു ബ്രഹ്മയജ്ഞമാണ് ബ്രഹ്മാർപ്പണം ബ്രഹ്മ ബ്രഹ്മാജ്ഞ ബ്രഹ്മണാഹത്വം ബ്രഹ്മയുദ്വത്തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മസമാധിനിയൊരു ബ്രഹ്മയജ്ഞം അതുകൊണ്ടാണ് ഇവിടെ ഔപചാരികമായ സ്വാഗതം പറിച്ചിട്ടോ കൃതജ്ഞത പറിച്ചിട്ടോ അങ്ങനെയുള്ള ഏർപ്പാടൊന്നും വേണ്ട എന്ന് ബോധപൂർവം അങ്ങോട്ട് മാറ്റി നിർത്തുകയായിരുന്നു എങ്കിലും നമുക്ക് ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൃതജ്ഞത ഓർമ്മിക്കാതെ സാധ്യമല്ല ഞാൻ ശാന്താനന്ദഗിരി സ്വാമിജി ഇന്നിവിടെ എത്തി ധ്യക്ഷമം നടത്തി നമ്മളൊക്കെ ഉദ്ബുദ്ധരാക്കി അദ്ദേഹം ഈ വേദാന്തവുമായി ഇഴവിച്ചേർന്ന് ജീവിക്കുന്ന ആളാണ് കൊല്ലത്ത് മങ്ങാട്ടാണ് ശാന്താനന്ദാശ്രമം അവിടെ വച്ച് ഈ ഭാഗവത പ്രഭാഷണം ആഗസ്റ്റ് പത്താം തീയതി മുത്തൽ പത്തു ദിവസം അവിടെ വച്ച് ഈ ഭാഗവത ജ്ഞാനയജ്ഞം നടത്താൻ ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട് ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളത് നടത്തും സൗകര്യം ഉണ്ടെങ്കിൽ വന്നു കക്കയക്കുക എന്തായാലും സ്വാമിജി ഇവിടെ വന്ന് അധ്യക്ഷത വഹിച്ച് നമ്മ ഇത്രയും അനുഗ്രഹിച്ചതിന് ഞാൻ അദ്ദേഹത്തോട് ഗുരുവായൂർ പണ്ട് പേരിൽ അഗാധമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു പിന്നെ അഭയാനന്ദതീർത്ഥസ്വാമികൾ ജ്ഞം ഇവിടെ ഇങ്ങനെ നടക്കാൻ ഏറ്റവും പ്രധാന കാരണം സ്വാമിജിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുത്തു അവിടെ ചെന്ന് പറഞ്ഞപ്പോ നിമിഷം പിന്നെ ഒരു നിമിഷം മാറ്റിവെച്ചില്ല നാളെ അവിടുത്തെ നിന്നും പറഞ്ഞില്ലേ ആ നിമിഷം അദ്ദേഹം തന്നെ ഫോണിൽ എല്ലാരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഇവിടെ നടക്കുന്ന മറ്റു പരിപാടികളൊക്കെ മാറ്റിവെച്ച് പതിനഞ്ച് ദിവസം ഇതിനായി സന്തോഷപൂർവം നമുക്ക് അനുവദിച്ചെന്ന് നമ്മെ അനുഗ്രഹിക്കുന്നുണ്ടായി പിന്നെ ആദ്യത്തെ ദിവസം അദ്ദേഹം സന്നിഹിതനായിരുന്നു ഇന്നും ഇവിടെ അല്പ അല്പ ഭാഷണമേ ഉണ്ടായിരുന്നെങ്കിലും നമ്മെ അനുഗ്രഹിച്ചു അതിന് അദ്ദേഹത്തോടും ഈശ്വരന്റെ പേരിൽ ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു പിന്നെ ഈ ഇത് സംഘടിപ്പിച്ച എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും തികച്ചും ആത്മാർത്ഥതയോടുകൂടി മറ്റൊരു ചിന്തയുമില്ലാതെ അവരൊക്കെ ഇപ്പൊ ഏതാണ്ട് ഈ ചെറിയ ബ്രഹ്മനിഷ്ഠന്മാരെ തന്നെ പറയാം നമ്മളൊക്കെ നമ്മളൊന്നും ഇപ്പം മോശമല്ല അവർക്കും ഞാൻ കൃതജ്ഞത പറയുന്നു എല്ലാറ്റിലും അധികമായി കൃതജ്ഞത പറയേണ്ടത് നിങ്ങൾക്കാണ് വാസ്തവത്തിൽ ഞങ്ങളാരും ഇങ്ങനെ പ്രതീക്ഷിച്ചതേ ഇല്ലേ ഈ ഇത്ര നിശബ്ദമായി ഈ പത്ത് പതിനഞ്ച് ദിവസം ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളെല്ലാം എന്ന് ഞങ്ങൾ വിചാരിച്ചതേക്കില്ല പക്ഷെ എല്ലാവരും ഇവിടെ വന്നു അങ്ങേറ്റം സഹകരിച്ചു അതിന് നിങ്ങളോടെല്ലാം തന്നെ ഗുരുവായൂരപ്പന്റെ പേരിൽ ഞാൻ ഈശ്വരബുദ്ധിയ കൃതജ്ഞത അർപ്പിക്കുന്നു പിന്നെ ഒടുവിൽ ഞാനും ഈ ദേഹം സുഖമില്ലാത്ത ഒരവസ്ഥയിലൊക്കെ ആയിരുന്നെ ഇപ്പൊ കുറച്ചൊക്കെ വന്നു അപ്പോ ഈ പതിനഞ്ചു ദിവസം ഞാനൊരു പരീക്ഷണം പോലെ തുടങ്ങിയതാണ് ഇടയ്ക്കൊന്നും വീണുപോകാതെ എന്നെ ഇത് പതിനഞ്ച് ദിവസവും പ്രസംഗിക്കാൻ അനുവദിച്ചതിന് ഞാൻ യമിക്കുന്ന ഒരു കൃതജ്ഞത ഭഗവാന്റെ കാരുണ്യം നമ്മയൊക്കെ അങ്ങേറ്റം അനുഗ്രഹിച്ചിരിക്കുന്നു ഇനിയും ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കേതെങ്കിലും പേരിൽ വല്ലപ്പോഴും ഒക്കെ ഒത്തുകൂടാ ജഗതീശ്വരൻ നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കെല്ലാം ഈശ്വര എന്റെ പ്രണാമം ലോകാസാസ്തസുഖം